ഗുരുപരമണ്ഡിത്രീ ജീവാത്മനോ പൃഥക്തം ഭ്യവൃത്തി മുഖ്യത്വം നുജ്യത്തെ പ്രപഞ്ച ഉത്പത്തി നാശം എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്ന വാക്യങ്ങൾ ജീവ ഈശ്വര ഭേദത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ വേദവാക്യങ്ങൾ അത് ഭവിഷ്യവൃത്തിയിൽ പറഞ്ഞതാണ് ഞാൻ അത് ഗൌണാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒന്നും മുഖ്യാർഥത്തെ സ്വീകരിക്കാൻ പാടില്ല ഇനി പറയും വേദവാക്യങ്ങളുടെ ഒന്നും വാക്യർത്ഥത്തെ സ്വീകരിക്കരുത് താല്പര്യത്തേടുള്ളൂ പ്രഥമമായി പ്രതീതമാകുന്നതാണ് വാച്ചകാര് ഒരു വാക്യം കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് അത് സ്വീകരിക്കരുത് അരമമായ താല്പര്യം എന്തിനാണ് അത് സ്വീകരിക്കണം അപ്പോ അത് പ്രപഞ്ചസത്യത്വമല്ല ബോധിപ്പിക്കുന്നത് ജീവാത്മ പരമാത്മഭേദത്തെ അല്ല ബോധിപ്പിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് നഹിഭേദവാക്യാനം കഥാചിതബി മുദാർത്ഥത്വം ഉപപദ്ധ്യത ഭേദവാക്യങ്ങൾ അങ്ങനെയുള്ള വാക്യങ്ങൾ ധാരാളമുണ്ട് അതിന് നേരത്തെ പല വാക്യങ്ങളും പറഞ്ഞു അഗ്നിയിൽ നിന്ന് തീപ്പരി ഉണ്ടാകുന്നതുപോലെ പ്രപഞ്ചമുണ്ടായി ആ പരമാത്മാവിൽ നിന്ന് ആകാശമുണ്ടായി പിന്നെ വായു ആദ്യ ക്രമത്തിൽ ഭൂമി ഈ ക്രമത്തിൽ പ്രപഞ്ചമുണ്ടായി അത് സങ്കല്പിച്ച് തേജസ്സിനെ സൃഷ്ടിച്ച് ഇങ്ങനെ നിരവധി വാക്യങ്ങളുണ്ട് ഈ വാക്യങ്ങളുടെയെന്നും വച്ചാർത്ഥത്തെ സ്വീകരിക്കരുത് അത് മുഖ്യഭേദത്തെ കാണിക്കുകയല്ല ഭേദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഭേദം ആരോപിതമായ ഭേദമാണ് കാല്പനികമായ ഭേദമാണ് അതല്ല പരമാർത്ഥം പരമാർത്ഥത്തെ അല്ല ബോധിപ്പിക്കുന്നത് സ്വാഭാവിക അവിദ്യാവണിഭേദ ദൃഷ്ടി അനുവാദ ആത്മഭേദവാഖ്യാനം ജീവന്മാരെല്ലാം അവിദ്യ അധീനന്മാരാണ് അനാദിയായി അവിദ്യയ്ക്ക് അധീനരാണ് സ്വാഭാവികമായ അനാദിയായ അവിദ്യയ്ക്ക് കീഴ്പെട്ടിരിക്കയാണ് അവരിൽ ആ വിദ്യ കൊണ്ടുവരുന്ന ഭേദദൃഷ്ടി ആ ഭേദദൃഷ്ടിയെ അനുവാദം ചെയ്യും എന്ന് പറയാന് ഏറ്റുപറയും അത്രയൊരു അതും പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പ്രളയാതി വാക്യം ജീവപരമാത്മാന ഒരേകത്വമേവ് പ്രതിപ്പിക്കാതെ അതുകൊണ്ട് ഇവിടെ ഈ വൻഷത്തുകളിൽ ഉത്പത്തിപ്രളയവാക്യങ്ങളെല്ലാം ജീവപരമാത്മാവിന്റെ ഏകത്വം പാരമായ ഏകത്വം പരമാർത്ഥത്തിൽ ഏകമായ തത്വം മാത്രമേയുള്ളൂ ഇത് പറയാനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് തത്ത്വസിദ ഇത്യാദി ആ ഏകത്വത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നു ആ ഏകത്വ അനുഭവത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിൽ അവനങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല ഇതാണ് അവൻ അന്യനാണ് ഞാൻ അന്യനാണ് അവൻ എന്നു വേറെയാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നില്ല പിന്നെങ്ങനെ ഭേദത്തെ സമ്മർദ്ദിക്കാൻ പറ്റും ഈശ്വരീയ അനുഭവത്തിൽ ഏകത്വ ബോധം ഉണ്ടാകുന്നു വാസുദേവ സർവമിതി എന്നുള്ള ബോധമുണ്ടാകുന്നത് ശ്രുതിഅതി എന്നെ പറയുന്നത് തത്വമസി അനുഭവം മഹാത്മാക്കളുടെ അനുഭവം അങ്ങനെ ആയിരിക്കെ ഭേദം സത്യമെന്നങ്ങനെ പറയാൻ പറ്റും ഭേദം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ശ്രുതി ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമായി അനുഭവപ്പെടുകയല്ല പരമാർത്ഥമായി ബോധിപ്പിക്കുകയല്ല അത് ഉപനിഷസ്വം ഇഷിതം ഭവിഷ്യരീതി ഭാവിനിയും ഏകവൃത്തി ആശ്രിത്യ ലോകേ ഭേദദൃഷ്ടി അനുവാദോണീത്യു അഭിപ്രായ അതുകൊണ്ട് ഉപനിഷനിഷത്തുക്കളിൽ കർമ്മകാണ്ടൊക്കെ പറഞ്ഞാലും ഉപനിഷത്ത് ഭാഗത്തിലേക്ക് വരുമ്പോൾ ശ്രുതി എന്താണോ ഏകത്വം പ്രതിപാദ ഇഷിതം ഭവിഷ്യത് ഏകത്വത്തെയാണ് ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് നാനാത്വത്തെ അല്ല അതുകൊണ്ട് ഭാവിനെയും ഏകവൃത്തിയും ആശ്രിത്യ ഭാവിയിൽ വരാൻ പോകുന്ന ആ ഏകത്വബോധത്തെ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അതും എങ്ങനെ ലോകെ ഭേദദൃഷ്ഠേണമാകുക ലോകരുടെ ഭേദബോധത്തെ അംഗീകരിച്ചുകൊണ്ട് ചിലരുടെ ഉത്പത്തി ലേയങ്ങളെ കുറിച്ച് പറയുന്നു ജീവേശ്വര ഭേദത്തെക്കുറിച്ച് പറയുന്നു അല്ലാതെ ഗൗണമാണോ എന്നുവെച്ചാൽ മുഖ്യമല്ല ശ്രുതിയുടെ മുഖ്യമായ താല്പര്യമില്ല ഗൗണമോ മുഖ്യവുമായ താല്പര്യം സ്വീകരിക്കേണ്ടി വരുന്നിടത്ത് മുഖ്യമായ താല്പര്യത്തെ ഗ്രഹിക്കാവൂ ലോകത്തിനോടങ്ങനെന്തിനു പറയുന്നു കാരണം ലോകത്തിന് മനസ്സിലാകുന്ന ഭാഷ പറയും ലോകം ഭേദദൃഷ്ടിയോടുകൂടിയതാണ് ഭേദദൃഷ്ടിയോടുകൂടിയിരിക്കുന്ന ഭേദ കാഴ്ചപ്പാട് ഭേദ ദർശൻ ഭേദത്തെ കുറിച്ചുള്ള അറിവ് ആ അറിവോടുകൂടിയിരിക്കുന്ന ലോകത്തിനോട് ആ ഭേദത്തെ അംഗീകരിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ക്രമമായി അവരെ സത്യത്തെ ബോധിപ്പിക്കുന്നു അതുകൊണ്ടാദ്യം അവരുടെ ഭേദാനുഭവത്തെ അംഗീകരിക്കുന്നു സൃഷ്ടിസ്ഥിതി നയങ്ങൾ അവരുടെ അനുഭവത്തിൽ വരുന്നതാണ് അതിനെ അംഗീകരിച്ചുകൊണ്ട് ക്രമേണ അവരെ സത്യത്തിലേക്ക് നയിക്കുന്നു അതാണ് ലോകെ ഭേദദൃഷ്ടുവാദം എന്ന് പറഞ്ഞത് ലോകരുടെ ഭേദദൃഷ്ടിയെ അംഗീകരിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതിന്റെ താല്പര്യം രീതിയിൽ മനസ്സിലാക്കാം അഥവാ തത് ഐതജ് ഇത്യാദി ഉത്പത്തി ഏകമീവാദ് പ്രകൃതി ശ്രുതി തന്നെ തദ്ഷ്യത തത്തേജോ അസുഖത അവന് സങ്കൽപ്പിച്ചു തേജസ്സിനെ സൃഷ്ടിച്ചു എന്നെല്ലാമുള്ള ഉത്പത്തിവാക്യങ്ങൾക്കും മുമ്പിലായി ഏകമീവാദ് അവിടെ ഉപദേശിച്ചു തദ്വത്യം ആത്മാ തത്വമേകത്വം ഭവ്യ താം ഭവിഷ്യത് വൃത്തിയം അപേക്ഷ ിയ ഗമ്യമാനും അതിനെ തന്നെയാണ് പിന്നീട് ചാന്ത്യത്തിൽ ആയിത്തീരും ഏകത്വമാണ് പരമാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ശ്രോതാവനും എന്ന് ആ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഭവിഷ്യവൃത്തിയും അപേക്ഷ വേദവാക്യങ്ങളിലൂടെ ഭാവിയിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ തത്വജ്ഞാനത്തെ അതിനെയാണ് ജീവാത്മവും പ്രദക്തവും എത്രവാക്കിയ ഗ്രിയമ്യമാനത്തും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവ ഈശ്വര ഭേദങ്ങളെക്കുറിച്ചെല്ലാം ചില ഭാഗങ്ങളിൽ പറയുന്നത് മുഖ്യമല്ല യഥാ ഓദനം പചതിയില് ഉദാഹരണം നമ്മൾ വിശദീകരിച്ചാണ് അതുപോലെ ഓദനം പചതി എന്ന് പറയുന്നത് പോലെ ൂണമായി പറയുന്നതാണ് മുഖ്യാർത്ഥത്തിലല്ല അവിടെ പറയുന്നത് അതുപോലെ ഭേദവാക്യങ്ങളെല്ലാം മുഖ്യമായ താല്പര്യത്തിലല്ല ഇപ്പൊ സൃഷ്ടിയിൽ സൃഷ്ടിയെ കുറിച്ചോ സൃഷ്ടിയുടെ വൈദ്യത്തെ കുറിച്ചോ സൃഷ്ടിയെ കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുകയാണ് വേദത്തിന് താല്പര്യമില്ല എന്നാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത് ഉള്ളൂ പരമാർത്ഥത്തെ ബോധിപ്പിക്കുക സൃഷ്ടി സൃഷ്ടിയുടെ വൈചിദ്ധ്യവും സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും പരമാർത്ഥമാണ് പരമാർത്ഥമല്ലാത്ത ഒന്നിനെ വേദം ബോധിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ വേദവും അസത്യവചസാവും അസത്യത്തെ ബോധിപ്പിക്കുന്നു വരും അതുകൊണ്ട് അതൊന്നും വേദത്തിന് താല്പര്യമില്ല എന്നാൽ അതിനെ പരാമർശിക്കുന്നത് പോലെ തോന്നുന്നു അതൊന്നും താൽപ്പര്യത്തോടുകൂടി പറയുന്നതല്ല എന്തിനത് പറയുന്നു കാരണം അജ്ഞരായ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെ ആദ്യം ബോധിപ്പിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ അതുകൊണ്ട് വേദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അത് പരമാർത്ഥമാണ് ആ പരമാർത്ഥം എന്താണ് ഏകത്വമാണോ അദ്വൈതമാണോ എന്നാണ് ഇവിടെ ആ കാര്യം പറയുന്നത് രാഗുത്പത്തി പ്രകൃതിനം ഭഷ്യന്യാഗ്രൗണം തദ്ദേശത്തിസ്ഫുലിംഗൈ സ്പരയാ ചോദിത ന്യഥസോവസ് ഭേദകഥന അനുയ്യുത്യേ പ്രാകാജം ഊർധം ജാതമിതം ഇവിടെ അങ്ങനെയും ചിന്തിക്കാം കാരണം രണ്ടു തരത്തിലുള്ള വാക്യങ്ങൾ ഒന്ന് പറയുന്നു സൗമ്യം എന്ന് പറയുന്നു അവിടെ പറയുന്നത് എന്താണോ ആ സന്ദർഭത്തിൽ പറയുന്നത് ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായതായി അനുഭവപ്പെടുന്ന ജാഗ്രതാണോ ആ ജാഗ്രതത്തിന് മുമ്പ് അവൻ തുരീയനായിരിക്കുന്ന സമയത്ത് പ്രാജ്ഞാവസ്ഥയിൽ ഏകമയവാദ്യം എന്ന് പറഞ്ഞു അതിനങ്ങനെടുക്കാം സൃഷ്ടിക്കു മുമ്പ് ഇതെല്ലാം ഏകമയവാദ്വിതീയമായിരുന്നു സൃഷ്ടിക്ക് ശേഷം പലതായി ഒന്ന് സ്വീകരിച്ചാലോ മൈവം യുത്പത്തി പ്രാഗ് അജം സർവമേകമേവ അദ്വിതീയം ഉത്പത്തിക്ക് മുമ്പ് എല്ലാം ഏകമേവ അദ്ധീയമായിരുന്നു തഥാ ഉത്പത്തി ഊർജ്ജം ഉത്പത്തിക്ക് ശേഷം ജാതം ഇതം സർവം ഈ ഉണ്ടായത് സർവവും ജീവാശ്ശ ജീവന്മാരും ഭിന്ന ഭിന്നങ്ങളാണെന്നാണെങ്കിലോ മൈവം അത് അന്യാർത്ഥത്വ ഉത്പത്തിശ്രുതി നാം പറഞ്ഞു മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് ഉത്പത്തിശ്രുതിയുടെ താല്പര്യം അതല്ല ഇവരും ബാധ്യാർത്ഥത്തെ എടുക്കുകയാണ് അതുപോലെ അതിന്റെ താല്പര്യത്തെ എടുക്കണം എന്തുകൊണ്ട് കുറവുമുക്ക് പരിഹൃദയമായും ദോഷ നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം മുമ്പ് തന്നെ ദൂരീകരിച്ചതാണ് വീണ്ടും അതേ സംശയം തന്നെ കൊണ്ടുവരണം വീണ്ടും പറയുന്ന എന്താണ് ശ്രുതി പറയുന്നുണ്ടല്ലോ നാനാത്വത്വം നിങ്ങളത്വത്തെക്കുറിച്ച് പറയുന്നു ഇത് രണ്ടും എങ്ങനെ ശരിയാകും അത് പറയുന്നു അതിനൊക്കെ സമാധാനം നോക്കി പറഞ്ഞു കഴിഞ്ഞു അവിടെ നിന്ന് ശ്രുതിക്കാതല്ല താല്പര്യം പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് പരമാർത്ഥം ബോധിക്കുക സ്വപ്ന ആത്മമായ വിസർജിത സംഘാത ഘടാകാശോത്പത്തി ഭേദാധിപത് ജീവനോത്പത്തി ഭേദാതി ഇതി ഇക്കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞതാണ് എന്താണോ സ്വപ്നത്തെ പോലെ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലത്തെ പോലെ മായാവിസർജിത സംഘാത ഈ കാണുന്ന സംഘാതങ്ങളെല്ലാം മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പരമാർത്ഥമല്ല ഇന്ദ്രജാലം പോലെയാണ് അല്ലെങ്കിൽ ഘടാകാശ ഉത്പത്തി ഭേദാധിപത് ഘടാകാശം തുടങ്ങിയ ആകാശഭേദത്തെ കല്പിക്കുന്നത് പോലെയാണ് ഇതൊന്നും പരമാർത്ഥമല്ല ജീവന ഉത്പത്തി ഭേദാദി ജീവന്മാരുടെ ഉത്പത്തിഭേദത്തെക്കുറിച്ച് പറയുന്നത് അത് പലതവണ ആവർത്തിച്ചതാണ് വീണ്ടും സംശയം അത് മനസ്സിന്റെ ഒരു തകരാറാണ് എത്രയൊക്കെ ബോധിച്ചാലും വീണ്ടും മനസ്സ് സംശയം ഉണർത്തികൊണ്ടിരിക്കുക കുറവ് സംസ്കാരം കൊണ്ടും പ്രബലമായ പ്രപഞ്ചസത്യത്വബോധം കൊണ്ടും പ്രപഞ്ചസത്യത്വബോധം ശാസ്ത്ര സംസ്കാരത്തെക്കാളും ദൃഢമാണ് എന്തുകൊണ്ട് ശാസ്ത്ര സംസ്കാരം ഇപ്പോൾ ോ അല്ലെങ്കിൽ സമീപഭാവി ലങ്ങാനോ ഉണ്ടായതായിരുന്നു പക്ഷെ അനാദികാലമായി ദൃഢമായി പോയതാണ് പ്രപഞ്ച സത്യത്വ ബോധം അതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഉള്ളിൽ നിന്ന് സംശയങ്ങൾ ഉണർന്നുകൊണ്ടേ ബോധിച്ചാലും ബോധിപ്പിച്ചാലും വിട്ടുപോകും മറന്നു പോവും അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം മുമ്പ് തന്നെ ഈ സംശയങ്ങളെല്ലാം പറഞ്ഞു നമ്മളും ചിന്തിക്കും എന്തിനു വേണ്ടി ഇതിങ്ങനെ ആവർത്തിക്കുന്നു ഒരേ കാര്യം തന്നെ ഇതുവരെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഗുണമില്ലാത്തത് കൊണ്ട് ആവർത്തിക്കുന്നു ആവർത്തിക്കുക അല്ലാതെ വേറൊരു ഉപായമില്ല ആവർത്തി അസഹൃത് ഉപദേശാസു ഭഗവാനും പറയുന്നു ആവർത്തിക്കുക അല്ലാതെ ആവർത്തിച്ച് പറയുക ആവർത്തിക്ക് കേൾക്കുക അതല്ലാതെ വേറെ ഉപായമില്ല പക്ഷേ ം ആധ്യാത്മിക സംസ്കാരമില്ലാത്തവർക്കോ ഇത് ആവർത്തിക്കുമ്പോൾ വിരസമായി തോന്നും ഇതിനോട് വൈമുഖ്യം വരും സംസ്കാരമുള്ളവർക്കാണെങ്കിൽ ആവർത്തിക്കൊണ്ട് ഇത് ദൃഢമാകും ഇതാണ് സംഭവിക്കുന്നത് ഒന്നുകിൽ ഇതിൽ വൈമുഖ്യമുണ്ടായി അതിൽ നിന്ന് പിന്മാറും അല്ലെങ്കിൽ സംസ്കാരദാർഢ്യം കൊണ്ട് ഈ തത്വം ഉള്ളിൽ ദൃഢപ്പെടും ഇവിടെ ആചാര്യന്റെ താല്പര്യം അതാണ് തത്വബോധത്തെ ഉള്ളിൽ ഉണർത്തുക അതിനെ ദ അതിനുവേണ്ടി പറയുന്നു ഇതെല്ലാം പരിഹരിച്ചതാണ് വീണ്ടും സംശയം വരുന്നത് വീണ്ടും ഇത് പരിഹരിക്കുക ശ്രുതിഭ്യ ആകർഷിക പുനരുത്വത്തെ ശ്രുതി നാം ഐദംബരിയ ഉപന്യാസ അതുകൊണ്ടാണ് എന്താണ് ഇവിടെ വീണ്ടും ആ ഉത്പത്തി ഭേദാതി ശ്രുതികളെയെല്ലാം അതിനെയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉത്പത്തി ഭേദത്തെക്കുറിച്ച് പറയുന്ന അനുഗ്രഹം ഈശ്വര ജീവഭേദത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളെല്ലാം തന്നെ എടുത്തു കാണിച്ചിട്ട് അതിനെ മറച്ചുവച്ചിട്ടില്ല അതായത് ശ്രുതിയിൽ ഭേദത്തെക്കുറിച്ച് പറയുന്നില്ല ജീവീശ്വര ഭേദത്തെക്കുറിച്ച് പറയുന്നില്ല അദ്വൈതം മാത്രമേ പറയുന്നുള്ളൂ എന്നല്ല പറയുന്നത് ഈ ആകർഷിക ആ വാക്യങ്ങളെയും ഇവിടെ ഉദ്ധരിക്കുന്നു ഭേദത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളെ ഉദ്ധരിച്ചിട്ട് ആ ശ്രുതികൾക്ക് ഐദമ്പര്യ അതിന്റെ താല്പര്യം അതിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിട്ടാണ് അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ശ്രുതികളെ കൂടി ഇവിടെ ഉപന്യസിക്കുന്നത് കാരണം നിങ്ങൾക്ക് അദ്വൈതമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട എങ്കിൽ അദ്വൈതം ബോധിപ്പിച്ചാൽ പോരേ അദ്വൈതത്തെ എന്തിനു നിഷേധിക്കാൻ പോകണം അതിന് സമാനം പറയണം കാരണം എന്തിനാണോ തനിക്ക് നിഷേധിക്കേണ്ടതിനോ കാര്യമില്ല അതിനെയും തുറന്ന് കാണിക്കണം കാരണം ആ സംസ്കാരം ശ്രോതാവിന്റെ ഉള്ളിൽ എരിപ്പുണ്ട് അപ്പതിനെ തുറന്നു കാണിച്ച് നിഷേധിക്കാതെ എങ്ങനെയാ അവന്റെ ആ സംസ്കാരത്തു നിന്നുണ്ടാകുന്ന അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ആ കാഴ്ചപ്പാടിനെ നിഷേധിക്കാൻ പറ്റും എന്ന് പറയുന്നു ആ ഉത്പത്തിശ്രുതികളെയും ഇവിടെ കാണിക്കുന്നു കാണിച്ചിട്ട് അതിന്റെയും താല്പര്യം എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്രുതികളെയെല്ലാം മൃൽഹ വിസ്ഫുലിംഗം തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നു മൃലോഹ വിസ്ഫുലിംഗാതി ദൃഷ്ടാന്തന്യാശിത അന്യഥാത്മ ഏകത്വ ബുദ്ധി അവർ തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ മറ്റും പറയുന്നുണ്ട് ഉപകരണങ്ങൾ ലോഹത്തിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങൾ മൃത് അതിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങൾ വസ്തുക്കൾ അതെല്ലാം അതിന്റെ ഉപാധാനത്തിൽ നിന്നും വേറെയല്ല വിസ്ഫുലിംഗം അഗ്നിയിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരി അഗ്നിയിൽ നിന്നും വേറെയല്ല എന്നിങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ സൃഷ്ടി ആദ്യം ഇവിടെ ബോധിപ്പിക്കും അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകും അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന തീപ്പരികളുടെ പോലെയാണെന്ന് പറയുമ്പോൾ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന ഒരു തീപ്പൊരിയുടെ സൃഷ്ടിയെക്കുറിച്ചവിടെ പറയുന്നു സൃഷ്ടിയെ ചോദ്യത പ്രകാശിത ആദ്യ സൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ടോ അത് പരമാർത്ഥമല്ലാന്ന് ബോധിപ്പിക്കുന്നു അന്യഥാച സർവ സൃഷ്ടിപ്രകാരവും ജീവപരമാ ഏകത്വ ബുദ്ധിവതാരായ ഉപന്യാസവും അസ്മാരും അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ശ്രുതിവാക്യങ്ങളെല്ലാം ജീവപരാത്മ ഏകത്വബുദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്രദർശിപ്പിച്ചത് എന്നാചാര്യം പറയുന്നു ജീവപരാത്മേകത്വ ബുദ്ധിയവതാരായ ഉപായമാണ് അതായത് പ്രഥമശ്രവണത്തിൽ ഭേദത്തെ ബോധിപ്പിക്കുന്ന അതേ ശ്രുതികളെ തന്നെ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ആചാര്യം പറയുന്നത് യഥാ ണം പറയുന്നു പ്രാണസംവാദി വാഗാദി ആസുര പത്മ വേദ്യാധ്യ ആഖ്യായികല്പിതോധാവതാരായ പറയുന്നു ശ്രുതിയിൽ സാധാരണ ചോദിക്കും ശ്രുതിക്ക് എന്താ പരമാർത്ഥം പറഞ്ഞപ്പോ എന്തിനാ കല്പിതമായത് പരമാർത്ഥം അല്ലാത്തതിനും ബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ പിന്നെ അതിനെ നിഷേധിക്കേണ്ടി വന്നത് അപ്പം പറയും നേരിട്ട് സത്യത്തെ തന്നെ വെളിപ്പെടുത്തുക ആദ്യം ഭേദത്തെ ബോധിപ്പിക്കുക പിന്നെ അതിനെ നിഷേധിച്ചിട്ട് സത്യത്തെ ബോധിപ്പിക്കുക അതെന്തിനാണ് പറയുന്നത് ശ്രുതിയുടെ ശൈലിയാണ് ശാന്തൂജ്യത്തിൽ പറയുന്നത് ആദ്യത്തെ ഭാഗത്തിൽ ഒന്നാം പ്രണയത്തിൽ തന്നെ അവിടെ പ്രാണസംവാദത്തെക്കുറിച്ച് പറയുന്നു പ്രാണസംവാദത്തെക്കുറിച്ച് പറയുന്ന എന്താണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു അപ്പോൾ ദേവന്മാർക്ക് അസുരന്മാരെ ജയിക്കണം സാധാരണഗതിയിൽ അത് പ്രയാസമുള്ള കാര്യമാണ് അസുരന്മാർക്ക് ശക്തി കൂടുതലാണ് അല്ല അവരെന്ത് ചെയ്തു വൈദികമായ മാർഗം നോക്കി ഉദ്ഗീത എന്ന് പറയുന്ന മന്ത്രങ്ങളുണ്ട് ആ ഉദ്ഗീത മന്ത്ര ഉപാസനയിലൂടെ അസുരന്മാരെ ജയിക്കാവുന്ന കരുതി ദേവന്മാരെ ആ ഉദ്ഗീത മന്ത്രം ആലപിക്കുന്നതിന് വേണ്ടി ഇന്ദ്രിയങ്ങളെ ചുമലപ്പെടുത്തി ഇന്ദ്രിയങ്ങളെല്ലാം അധിഷ്ഠാന ദേവതകളോടുകൂടിയവരാണല്ലോ അതുകൊണ്ട് അവരെ ചുമതലപ്പെടുത്തി ദേവതകൾ ഓരോ ഇന്ദ്രിയങ്ങളും പരസ്പരം മത്സരിച്ചുകൊണ്ട് ഉദ്ഗീതം ആലപിക്കാൻ തുടങ്ങി പരസ്പരം മത്സരിക്കുക എന്ന് പറയുമ്പോൾ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ പരസ്പരം മത്സരിച്ചപ്പോൾ അഹന്ത വന്നു അഹന്തയുണ്ടെങ്കിലേ മത്സരിക്കാൻ പറ്റും അങ്ങനെ അഹന്തയോടുകൂടി <Ses> ം മത്സരിച്ച് ഉദ്ഗീതം ആലപിച്ചപ്പോ അക്ഷരന്മാരെയ്ത് മനസ്സിലാക്കി കാരണം ഇവരിൽ അഹന്ത വന്നു അഹന്ത വന്നാൽ പരാജയപ്പെടുത്താൻ ആൾക്കുമാണ് എന്നവരും കരുതി ഇവരുടെ അഹന്ത കൊണ്ട് ഇവരിൽ പാപം ഉണ്ടായി ആ പാപമുണ്ടായി ഇവരെല്ലാം പരാജയപ്പെട്ടു എന്നിട്ട് ഉദ്ഗീത ആലാപന ഇവർക്ക് ശരിക്കും നിർവഹിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇവരെ ഉപയോഗിച്ച് അസുരന്മാരെ ജയിക്കാൻ സാധ്യമല്ല എന്ന് ദേവന്മാർ മനസ്സിലാക്കിയവർ മുഖ്യപ്രാണന വിളിച്ചു പ്രാണനോട് ആവശ്യപ്പെട്ടു ഉദ്ഗീതം ദാനം ചെയ്യാൻ പ്രാണനെന്ത് ചെയ്തു ആരോടും മത്സരിക്കാതെ എല്ലാ പേരോടും സമഭാവനയോടുകൂടി പ്രാണൻ ഉദ്ഗീതം ആലപിച്ചും അസുരന്മാരെ പരാജയപ്പെട്ടു ആ ഉപാസനയിലൂടെ അസുരന്മാരെ എന്ന് പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് ഈ പറയുന്ന ഈ ഒരു സംഭവമാണ് ഇതൊന്നും വാസ്തവത്തിൽ നടന്ന കാര്യങ്ങളൊന്നുമില്ല ഇതൊരു കല്പനയാണ് ആദ്യ പ്രധാന ഇതൊരു കല്പന മാത്രമാണ് സന്തോകിന്നാണ് എന്റെ ഓർമ്മ നോക്കണം പ്രാണവൈശിഷ്ട്യ ബോധ അവതാരായ അല്ല ഇത് ഒരു കഥയായിട്ട് എടുക്കരുത് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് ാണനെ നിയോഗിച്ചതെന്നും പ്രാണൻ അഹങ്കാരമില്ലാതെ സ്തുതിച്ചെന്നും അങ്ങനെ അസുഖന്മാരെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഇതൊരാഖ്യായികയാണ് കഥയാണ് അങ്ങനെ എടുത്താൽ മതി ഇത് കല്പിതമായൊരു കഥയാണ് പക്ഷെ അവിടെ ഒരു താല്പര്യമുണ്ട് എന്താണ് വിശിഷ്ടമായതാണ് ഇന്ദ്രിയങ്ങളെല്ലാം അപേക്ഷിച്ച് പ്രാണൻ വിശിഷ്ടമാണ് പ്രാണൻ സാന്നിധ്യത്തിലാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ശക്തി പകരുന്നത് പ്രാണനാണ് അപ്പോൾ ആ പ്രാണന്റെ വൈശിഷ്ട്യത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ശ്രോതാവിന്റെ മനസ്സിൽ പ്രാണവൈശിഷ്ടത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഈ കഥ പറയുന്നതല്ല ഇതൊന്നും ഒരു സംഭവകഥയല്ല അങ്ങനെ എടുക്കരുത് ഓരോ തത്വങ്ങളെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം കഥകൾ പറയുകയാണെന്ന് ശ്രുതിയുടെ ഒരു രീതിയാണ് ഈ പറയുന്ന തരത്തിൽ രാഗദ്വേഷങ്ങളും ഒക്കെയുള്ള മനുഷ്യന്റെ മനസ്സിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കഥകൾ പറയുന്നു അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്താതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാകത്തില്ല പരമാർത്ഥത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നതിന് അവിദ്യാധീനനായിരിക്കുന്ന ജീവനശേഷി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നു പ്രാണവൈശിഷ്ടത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കഥ ഇവിടെ പറഞ്ഞു അതുപോലെ ജീവാത്മ പരമാത്മ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കഥകളാണ് ഈ സൃഷ്ടി സംഹാരങ്ങളും മറ്റുമെല്ലാം പറയുന്നത് അപ്പൊ ഇവിടെ ഇത് മനസ്സിലാക്കാമെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും മനസ്സിലാവും ഇതിന്റെ എല്ലാം പരമമായ താല്പര്യം ഈ കഥയെ ബോധിപ്പിക്കുകയല്ല ഇത് വേറൊരു ഭാഗത്തും പറയുന്നുണ്ട് ആചുരിസ്വാമികൾ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ഈ ശ്രുതിയിൽ പറയുന്ന ഉപനിഷത്തുകളിൽ വരുന്ന കഥകൾ ഇതെല്ലാം വരും കൽപ്പനകളാണ് വാസ്തവത്തിൽ അങ്ങനെ സംഭവങ്ങൾ നടന്നോ എന്നും അവിടെ ഉദ്ദേശിച്ചിട്ടില്ല ശ്രുതി അത് കേവലം പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് കഥകളെ സ്വീകരിച്ചിരിക്കുകയാണ് കഥകളെ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ചരിത്രപരമായി ഒന്നും പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും ശ്രമിക്കണ്ട എന്ന് തത്വബോധം മാത്രം ഉണ്ടാക്കിയാൽ മതി പറഞ്ഞല്ലോ വേദത്തിലൂടെ അല്ല സയൻസും കണക്കും ചരിത്രവും ഒന്നും പഠിക്കേണ്ടത് അദ്വൈതയുടെ നിലപാടാണ് അത് എല്ലാം അതിനുവേണ്ടിയാണെന്ന് കരുതുന്നവരുണ്ട് അത് വേറെ കാര്യം അദ്വൈതിയുടെ നിലപാട് ഇതാണ് ആ ബോധിപ്പിക്കുക മാത്രമേ വേദത്തിന്റെ താല്പര്യം മറ്റൊന്നിനും അതിന് താല്പര്യമില്ല മുഖ്യ താല്പര്യമില്ല ആരെങ്കിലും പറയണ അതിന് പേരെന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം അത് മുഖ്യമായിട്ടല്ല ഗൗണമായിട്ടാണ് എന്ന് പറഞ്ഞാൽ മറ്റു പല ശാസ്ത്ര സമ്പ്രദായക്കാരും ചോദ്യം ചെയ്യും പൌരാണികവും ആധുനികവുമായിട്ടുള്ള പല തത്വചിന്തകന്മാരും അതെല്ലാം ചോദ്യം ചെയ്യും അവർ പറയും അങ്ങനെയല്ല വേദത്തിൽ മുഖ്യമായി ഒന്നേ എന്താണ് ആ അദ്വൈതത്തെ ബോധിപ്പിക്കുക എങ്ങനെയാണ് ഇവിടെ പ്രാണവൈശിഷ്ടത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ ഒരു കല്പിതം കഥയെ ശ്രുതി പറഞ്ഞത് അതുപോലെ സൃഷ്ടിയാദി പ്രക്രിയകളെല്ലാം കല്പിതമാണ് അസിദ്ധമിതി പറയുന്നു അതും ശരിയല്ല എന്ന് പറഞ്ഞാലോ ശാഖാഭിതേഷു അന് അന്യധാജ പ്രാണാന്തി സംവാദ ശമ പറയുന്നു അങ്ങനെ ഒരു കഥ പറഞ്ഞു ശ്രുതിയിൽ ദേവാസുര യുദ്ധത്തെ കുറിച്ചും പ്രാണന്മാരെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയോഗിച്ചു എന്നൊക്കെ പറയുന്നു ഇതെന്തുകൊണ്ട് സത്യമായി കൂടാ അദ്വൈതി എന്തടിസ്ഥാനത്തിലാ പറയുന്നത് ഇതൊക്കെ അസത്യമാണ് നിങ്ങൾക്ക് അദ്വൈതൊക്കെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് ഈ കഥകളെല്ലാം കൽപ്പിതമാണെന്ന് പറയുന്നത് അപ്പോൾ വേറെ ആൾ ചോദിക്കുന്നു എന്തുകൊണ്ട് സത്യമായിക്കൂട നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ചെയ്തത് കല്പിതമെന്ന് പറയുന്നത് നിങ്ങളുടെ സിദ്ധാന്തത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണോ കാരണം വേദവാക്യങ്ങളെല്ലാം സത്യം തന്നെ ആയിരിക്കും വേദത്തിൽ അസത്യം വരാൻ പാടില്ല ഒരക്ഷരത്തിൽ പോലും അതിൽ അർത്ഥ ദോഷം വരാൻ പാടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഇതെല്ലാം സത്യമാണെന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഇതൊക്കെ സംഭവിച്ച കാര്യമാണ് വേദം പറയുന്നതുകൊണ്ട് തന്നെ സ്വീകരിച്ചാൽ പറയുന്നു അത് ശരിയില്ല ഈ പറയുന്നൊക്കെ വെറും കല്പന തന്നെയാണ് ശാഖാഭ്യത അന്യഥാജ പ്രാണാതി സംവാദ ശ്രമണ കാരണം ഇത് ഛാന്തുയത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ മറ്റു ശാഖകളിലും പറയുന്നു പ്രേധാരണ്യമോ അതുപോലെയുള്ള പല ശാഖകളിലും ഈ സംഭവം വരുന്നുണ്ട് അല്പസ്പം വ്യത്യാസത്തോടുകൂടിയായിരുന്നു അപ്പൊ ഇത് സത്യമാണെങ്കിൽ എങ്ങനെ ഈ ഭേദം വന്നു അന്യഥ അന്യഥ ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ പറയും വേറെ വേറൊരു രീതിയിൽ പറയും അപ്പൊ ഒരേ സംഭവമാണെങ്കിൽ പല രീതിയിൽ എങ്ങനെ പറയുന്നു അപ്പൊ ഈ പല രീതിയിൽ പറയുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ എന്താണ് ഈ സംഭവമല്ല ഇത് കല്പനയാണ് പക്ഷെ എല്ലായിടത്തും ഒരു ഉദ്ദേശം ഉണ്ടെന്താണ് പ്രാണന്റെ ശ്രേഷ്ഠതയെ ബോധിപ്പിക്കുക ഉപാസനയ്ക്ക് അത് ആവശ്യമാണ് അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇത് മാറി മാറി പറയുന്നതുകൊണ്ട് ഇത് സത്യമല്ല കല്പനകളാണ് അങ്ങനെയുള്ള നിരവധി കല്പനകൾ കല്പന രൂപത്തിലുള്ള കഥകൾ ശ്രുതി പറയുന്നുണ്ട് അവിടെ ഇന്നും അങ്ങനെ കഥകളായി എടുക്കരുത് തത്വം മാത്രം എടുക്കുക ഇത് തന്നെയാണ് പുരാണത്തെ സംബന്ധിച്ചും ശ്രുതിയുടെ ഇതേ ഇതല്ല പുരാണം എന്ന് പറയുന്നത് എന്താണ് പുരാണം ഒട്ടുമുക്കാലും വെറും കാൽപ്പനികമായ ഋഷിയുടെ ഭാവനയിലുള്ള കഥകളാണ് ആ കഥകളെ സത്യമാണെന്ന് കരുതി വെറും പാമരന്മാരായ ജനങ്ങൾ അത് വിശ്വസിച്ച് അതെല്ലാം സംഭവകഥകളായി മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥകളായി അതുപോലെ നടന്ന സംഭവങ്ങളായി സ്വീകരിച്ചുകൊണ്ട് പറയുന്നു പക്ഷേ അതും അങ്ങനെ അല്ല പലതും അതിശയോക്തിപരമായിട്ടും ഗുണപാഠങ്ങളെന്ന രീതിയിലും മനുഷ്യരെ ധാർമ്മികരാക്കുന്നതിനു വേണ്ടിയും അതിലുപരിയായി ഈശ്വര തത്വത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കവിഭാവനകളാണ് പുരാണങ്ങളല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങളും നടന്നിട്ടില്ലെങ്കിൽ പുരാണം എങ്ങനെ സത്യമാകും കഥകൾ എന്നുള്ളതാണ് എനിക്കതൊന്നും സത്യമല്ല എല്ലാം കല്പനകളാണ് എന്തെങ്കിലും അല്പം യാഥാർത്ഥ്യത്തിന്റെ അംശം അതിൽ കടന്നു വന്നാലും ശരി അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ വെറും കൽപ്പനകളാണ് നിഷിയുടെ ഭാവനകളാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഒരുപക്ഷെ ധർമ്മബോധമാകാം ഗുണപാഠമാകാം അതിനുപരി സത്യത്തെ ബോധിപ്പിക്കാനായി പക്ഷെ അതിനെന്ത് ചെയ്യുന്നു അജ്ഞന്മാരായ പാമരന്മാരായ മനുഷ്യർ അതെല്ലാം സത്യമാണ് സംഭവകഥകളാണെന്ന് വിശ്വസിക്കുന്നു ശ്രുതി തന്നെ കല്പിതമാണെങ്കിൽ പുരാണത്തിന്റെ കാര്യം പറയാനില്ല അതുകൊണ്ട് ഈ സംഭവങ്ങൾ സത്യമാണെന്ന് കരു അത് അതെങ്ങനെ പുരാണങ്ങൾ തീരുമാനിക്കാൻ കാരണം ഒരു പുരാണത്തിൽ പറയുന്നതിന് വിരുദ്ധമായി മറ്റൊന്നും പറയും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാതെ സംബന്ധമാണ് ഭാവനയല്ല ഓരോ ഓരോ വ്യക്തികളുടെ ഭാവനകൾ അത് വരുന്ന വൈരുദ്ധ്യം കഥകളിലും വരുന്നു അതുകൊണ്ടാകുന്ന സത്യമല്ലേകാരമാണ് അശ്രോഷ്യത് അത് വിശദീകരിക്കുന്നു ഈ പറയുന്ന കഥകൾ പ്രാണസംവാദം പോലെ ശ്രുതികൾ പറയുന്ന കഥകളെല്ലാം സത്യമായിരുന്നെങ്കിൽ ഏകരൂപേവ സംവാദ ഒരേ രൂപത്തിലായിരുന്നെ ഈ ചർച്ചകളെല്ലാം സർവശാഖ എല്ലാ ശാഖകളിലും വേദശാഖകളിലെല്ലാം ഒരേ രീതിയിൽ വന്നെ അങ്ങനെ കേട്ടനെ അശ്രോഷിത് പക്ഷേ വിരുദ്ധ അനേക പ്രകാരം തന്നെ അശ്രൂഷിത് വിരുദ്ധരൂപത്തിൽ വരാൻ പാടില്ലായിരുന്നു അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ഇതെല്ലാം കല്പനകളാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതെല്ലാം കല്പനകളാണ് തത്വബോധത്തിന് വേണ്ടി ഭാവനയിൽ സൃഷ്ടിച്ച കൽപ്പനകളാണ് അതൊന്നും പരമാർത്ഥമല്ല അല്പം ചില പരമാർത്ഥങ്ങൾ ഉണ്ടായിക്കാം പക്ഷെ പരമാർത്ഥമല്ല ശ്രീയത പക്ഷേ ഈ കഥകളിങ്ങനെ നാനാപ്രകാരത്തിൽ വൈരുദ്ധ്യത്തിനാണ് കാണുന്നത് തസ്മെന്ന താഥർഥ്യവും സംവാദശ്രുതി അതുകൊണ്ട് ഈ സംവാദശ്രുതിയുടെയും മറ്റും ഈ കഥകൾ വളരെ സത്യമാണെന്ന് ബോധിപ്പിക്കേണ്ട തഥാ ഉത്പത്തിവാക്യാനി ഇതെങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെ ഉത്പത്തിവാക്യങ്ങളെയും മനസ്സിലാക്കിക്കൊള്ളണം അത് ശ്രുതി പറയുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് സത്യത്തിനൂടെ സൃഷ്ടി നടന്നു അല്ലെങ്കിൽ സൃഷ്ടി ആ രീതിയിൽ നടന്നു എന്ന് ബോധിപ്പിക്കാനൊന്നുമല്ല ഇവിടെ ശ്രുതി പറയുന്ന എന്താണ് അതി ആകാശം ഉണ്ടായി ആകാശത്തു നിന്ന് വായുണ്ടായി വായു അഗ്നി ഉണ്ടായി ഇങ്ങനെ പറയും ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് കരുതിക്കൊണ്ട് ആൾക്കാർ ഇതിൽ ഗവേഷണം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ആദ്യം ആകാശം ഉണ്ടായത് അവർക്ക് രണ്ടുദ്ദേശമുണ്ട് ഒന്ന് ഭൌതികമായി കണ്ടുപിടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വേദത്തിൽ പറയുന്ന തത്വവുമായി പൊരുത്തപ്പെടുത്തും എന്നിട്ട് വേദം ശ്രേഷ്ഠമാണെന്ന് സമർത്ഥിക്കുക അപ്പൊ വേദത്തിന്റെ ശ്രേഷ്ഠത അതിലൊന്നുമല്ലെന്നാണ് ഇവിടെ പറയുന്നത് അദ്വൈതി പറയുന്നത് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ സയൻസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ വേദം നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു അതാണ് വേദത്തിന്റെ മഹത്വം എന്നാണ് നമ്മൾ പ്രസംഗിക്കുന്നത് പക്ഷെ അതിനോടൊന്നും ഇവിടെ യോജിക്കുന്നില്ല കാരണം അത്തരം കാര്യങ്ങൾ വേദം പറഞ്ഞിരിക്കുന്നത് വേദത്തിന്റെ താല്പര്യമേ അല്ല താല്പര്യവും പറഞ്ഞിരിക്കുന്നതല്ല മനുഷ്യന് ഇത്തരം തരത്തിലുള്ള പല ഭ്രാന്തികളും കൽപ്പനകളുമുണ്ട് ആ കല്പനകൾക്കനുസരിച്ച് തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി വേദം ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് അതൊന്നും പരമാർത്ഥമല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വേദത്തെ പിടിച്ച് ഗവേഷണം നടത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് വേദത്തിന് പ്രത്യേകിച്ച് മഹത്വൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് കല്പസർഗേദാ സംവാദ ശ്രുതീന ഉപ്പത്തിശ്രുതീനാം പ്രതിസർഗം അന്യഥാത്വം വിരിച്ച് വീണ്ടും വിടുന്നില്ല പറയുന്നത് ഇവിടെയുണ്ട് വേദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്ന് ഇന്ന് വേദഭക്തന്മാര് എന്ന് കരുതുന്നവര് വിശ്വസിക്കുന്നതുപോലെ അന്നും വിശ്വസിച്ചിട അവർ അദ്വൈതയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഈ വേദത്തിൽ ഈ ഭേദം വന്നത് സംവാദശ്രമൃതികളും മറ്റും വ്യത്യാസം വന്നത് കല്പഭേദം കൊണ്ടാണ് ഒരു ശാഖയിൽ പറയുന്നത് ഒരു കല്പത്തിന്റെ സംവാദം വേറൊരു ശാഖയിൽ പറയുന്നതും മറ്റൊരു കല്പത്തിൽ നടന്ന സംവാദം ഇങ്ങനെ തന്നെ കല്പഭേദം കൊണ്ട് സംവാദഭേദം വന്നിരിക്കുകയാണ് അതെല്ലാം സത്യമാണ് അതിനൊന്നും അങ്ങനെ നിഷേധിക്കുന്നത് ശരിയല്ല ഭേദത്തിൽ എന്തു പറഞ്ഞോ അത് സത്യം എന്ന് പറഞ്ഞാലോ അതാണ് കല്പസർഗേദ സംവാദശ്രുധീന ഉത്പത്തിശ്രുധീന പ്രതിസർഗം അന്യതാത്വം ഓരോ സർഗത്തിലേയും അന്യതാഭാവം വരുന്നത് മാറി മാറി വരുന്നത് ഓരോ കൽപ്പഭേദം കൊണ്ടാണ് ഓരോ കൽപ്പത്തിലെയും സിട്ടിയിൽ ഭേദം ആ ഭേദം കൊണ്ടുവന്നതാണോ ഒരു കല്പത്തിൽ നടന്ന സംവാദം ഒരു രീതി വേറൊരു കല്പത്തിൽ നടന്ന ദൈവാശ്രയുദ്ധം വേറെ രീതിയിൽ അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിലും ഈ വേദത്തിന്റെ വേദവാക്യങ്ങളുടെ വാച്യാർത്ഥത്തെ സ്വീകരിക്കാതെ സത്യമാണ് എന്ന് വന്നാലോ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഇതാണ് വേദവാക്യങ്ങളുടെ വാക്യാർത്ഥത്തെ സ്വീകരിക്കണമോ അതിന്റെ താല്പര്യത്തെ സ്വീകരിക്കണമോ ഇവിടെ ഒരു കൂട്ടം വൈദികർ പറയുന്നത് വേദഭക്തന്മാർ പറയുന്നത് വേദത്തിന്റെ വാച്യാർത്ഥത്തെ തന്നെ സ്വീകരിക്കും അത് സത്യമാണ് അദ്വൈതി പറയുന്നത് അത് സാധ്യമല്ല വേദത്തിന്റെ താൽപര്യത്തെ സ്വീകരിക്കും താൽപ്പര്യത്തെ സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തിയൊന്നും അവിടെ നിൽക്കത്തില്ല നിഷ്പ്രയോജനത്വം അത് യഥോക്ത ബുദ്ധിയവതാര പ്രയോജനം വിതരുകയാണ് പറയുന്നു ഈ അസംബന്ധമായ കഥകൾ ഇങ്ങനെ വേദത്തിൽ പറയുന്നതൊക്കെ സത്യമാണെന്ന് തന്നെ ഇരുന്നോട്ടെ ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം ഈ പുരാണങ്ങളിൽ വർണ്ണിക്കുന്ന കഥകൾ ഒരുപാട് അസംബന്ധങ്ങൾ ഒരുപാട് അസഭ്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പഠിച്ചു വച്ചിട്ട് മനുഷ്യനെന്താ ഗുണം കിട്ടുന്നത് യാതൊരു ഗുണവുമില്ല നിഷ്പ്രയോജനത്വ പറയുന്നു ഞങ്ങളിതൊന്നും സത്യമാണെന്ന് അംഗീകരിക്കുന്ന കാരണം ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് ആ സമയത്ത് ഒരു വാഴ നട്ടാൽ പോലെയെങ്കിലും കേട്ടോ എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് ഒരു പ്രയോജനമില്ലാത്ത ഈ കാര്യങ്ങള് പ്രാണസംവാദം അതിന് അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിതൊക്കെ സത്യമാണെന്ന് ബോധിപ്പിച്ചിട്ട് ജനങ്ങൾ ഇതിന്റെ പിറകെ നടത്തുന്നുണ്ട് എന്താ പ്രയോജനം യാതൊരു പ്രയോജനമില്ല നിഷ്പ്രയോജനമൊക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ ഇത്തരം കഥകളൊക്കെ പഠിച്ചുവച്ച് പറഞ്ഞ് സത്യമാണെന്ന ആൾക്കാരെ ബോധിപ്പിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ഈ വേദത്തിലായാലും ശരി പുരാണങ്ങളിലായാലും ശരി പറയുന്ന ഈ കഥകളെല്ലാം അസംബന്ധമെന്നാണ് പറയുന്നത് അതിനോട് യാതൊരു ധാരണയ്ക്കും ഒരു അനുരഞ്ജനത്തിനൂടെ ആചാര്യൻ തയ്യാറല്ല ഇതൊന്നും പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് പ്രയോജനമില്ലാത്തത് തന്നെ ഇതൊക്കെ അസംബന്ധമാണ് ഇതിൽ എന്തെങ്കിലും തത്വത്തെ ഗ്രഹിക്കാനുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഗുണപാഠത്തെ ഗ്രഹിക്കാൻ പറ്റുമോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ധർമ്മബോധം ഉണ്ടാകുമോ എങ്കിൽ ആ ഭാഗത്ത് ചെയ്യുന്നു ആ കഥകൾ വരും കഥകളാണ് യഥോക്തബുദ്ധി അവതാര പ്രയോജനം വിതരയിക്കണം ഇതിന് ഇതൊക്കെ പ്രയോജനമാകണമെങ്കിൽ വേദം അർത്ഥവത്താകണമെങ്കിൽ എന്തു ചെയ്യണതിന്റെ താല്പര്യത്തെ തന്നെ ഗ്രഹിക്കുന്നു ഈ പറഞ്ഞ പ്രയോജനമല്ലാതെ ഇതിന് വേറെ പ്രയോജനമൊന്നുമില്ല ഈ പറഞ്ഞ പ്രയോജനം എന്താണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കുക ഈശ്വര തത്വത്തെ ബോധിപ്പിക്കുക അത് ഈശ്വര തത്വത്തെ യഥാർത്ഥമായി ബോധിപ്പിക്കുക അതാണ് വേദത്തിന്റെ പുരാണങ്ങളുടെ എല്ലാം താല്പര്യം എന്നാ ഈ അന്യപ്രയോജന വത്യം സംവാദോത്പത്തിശ്രുതി നാം സഖ്യം കല്പയിതും അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു പ്രയോജനം ഈ സംവാദ ശ്രുതി ഉത്പത്തിശ്രുതിക്കെല്ലാം കല്പിക്കുന്നതിന് സാധ്യമേ അല്ല വേദം അതിനുവേണ്ടിയുള്ളതാ എന്നാണ് പറയുന്നത് മറ്റൊരു പ്രയോജനം കാണാത്തുകൊണ്ട് അദ്വൈതം പറയുന്നു ഇത് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നു മറ്റൊന്നിനെയും താല്പര്യപൂർവ്വം ബോധിപ്പിക്കുന്നുണ്ടോ തഥാർത്ഥ പ്രതിഭത്തിനാർത്ഥമിതി എന്നാലും വിടുന്നുണ്ട വൈദികന്മാർക്ക് ഇവിടെ ആചാര്യനും വൈദികനാണ് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നതാണ് വേദഭക്തനാണ് പക്ഷെ വേദത്തെ പലതരത്തിൽ കാണുന്നവരുണ്ട് മറ്റു വൈദികന്മാരെന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം അക്ഷരാർത്ഥത്തെ എടുത്ത് അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇതൊക്കെ വിശ്വാസങ്ങളാണ് വിപ്പത്തിയേക്കാൾ അവിടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം അവർ പറയുന്നു വേദത്തിൽ പറഞ്ഞല്ലോ അതിന്റെ വാച്യാർത്ഥത്തിന് എന്തെങ്കിലും പ്രയോജനം കാണും ദ്വൈതന്നെ പറയുന്നു അത് പ്രാണന്റെ ശ്രേഷ്ഠതയെ കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ് അതുകൊണ്ട് അതുപോലെ ഉത്പത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അതിന്റെ ഉപാസനക്ക് വേണ്ടിയിട്ടാണ് ഉപാസനയ്ക്ക് എന്തെങ്കിലും ഫലം ഉണ്ടായിരിക്കും അങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് കരുതിയാലോ തഥാത്തു പ്രതിപത്തയെ ധ്യാനാർത്ഥം ഇതിന്റെയൊക്കെ വാച്യാർത്ഥത്തെ സ്വീകരിച്ചിട്ട് അതിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാലും അത് അവസാനത്തെ ഉപായമാണ് എങ്ങനെയെങ്കിലും ഇതിന്റെ വാചിയാർത്ഥം വേദത്തിന്റെ വാച്യാർത്ഥം ശരിയാണെന്ന് വരുത്തണം അതിനുവേണ്ടി പറയുക കലഹ ഉത്പത്തിളയാന പ്രതിപദ്നഷ്ട പറയുന്നിവിടെ എന്താണ് പ്രാണസംവാദത്തിൽ എന്താണ് കലഹത്തെക്കുറിച്ചാണ് പറയുന്നത് ദേവാസുരയുദ്ധം പിന്നെ ഇന്ദ്രിയങ്ങളുടെ കലഹം പ്രാണൻ അവസാനം എല്ലാവരെയും ജയിക്കുന്നത് ഈ കലഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ധ്യാനിക്കുന്നവന്റെ അവസ്ഥ എന്തായിരുന്നു അവനും കലഹത്തിലേക്ക് തന്നെ പോകും അതുപോലെ ഉത്പത്തി പ്രളയങ്ങളെയൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അവൻ ഈ പ്രളയത്തിലും സംസാരത്തിൽ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ കലഹത്തെക്കുറിച്ച് പറയുന്നത് ധ്യാനിച്ചതുകൊണ്ടോ സൃഷ്ടിസ്ഥിതി ലയങ്ങളെക്കുറിച്ച് പറയുന്നത് ധ്യാനിച്ചതുകൊണ്ടോ ജീവന് കല്യാണം സംഭവിക്കത്തില്ല മംഗളം സംഭവിക്കത്തില്ല ഇതൊക്കെ അനിഷ്ടത്തെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും ധ്യാനിക്കണ്ട മനുഷ്യൻ ഇതൊന്നും ധ്യാനിക്കാതെ തന്നെ കലഹപ്രിയന്മാരാണ് അവര് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കലഹിക്കാൻ വേണ്ടി ഇത് വേദം പിടിച്ച് ധ്യാനിക്കേണ്ട കാര്യമുണ്ടോന്നാണ് ഭാഷകാലം ചോദിക്കുന്നത് അതുകൊണ്ട് വേണ്ടാത്തതൊന്നും ധ്യാനിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കലഹ ഉത്പത്തി പ്രളയാനാ പ്രതിഭരനിഷ്ഠത്വ അതുകൊണ്ട് ഇതിന്റെയൊക്കെ വച്ചാർത്ഥം അതിനെയൊക്കെ ധ്യാനിക്കാൻ പോയാൽ അതും കുഴപ്പമാണ് തസ്മാധിഷ്ഠയെ ആത്മീകത്വ ബുദ്ധിയവതാരായു യുക്ത അപ്പൊ താൻ പറയുന്ന കാര്യത്തില് എല്ലാ തരത്തിലൂടെയും എല്ലാ വ്യക്തികളും ഉപയോഗിച്ച് സമർത്ഥിക്കുക എന്ന് പറയുന്നതാണ് ഭാഷകാരന്റെ ശൈലി അതനുസരിച്ച് അതിൽ വരാവുന്ന എല്ലാ ചോദ്യങ്ങളെയും തന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് സമാധാനം പറയുക പറഞ്ഞിട്ട് പറയുന്നെന്താണോ ഉത്പത്യാധി ശ്രീതികൾ ആത്മീയത്വ ബുദ്ധി ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് വേറെ ഒന്നിനുവേണ്ടിയല്ല മറ്റൊന്നും കൽപ്പിക്കാൻ സാധ്യവുമല്ല അതോ നാസ്തി ഉത്പത്യാധിക്രതോ ഭേദ കഥഞ്ചന അതുകൊണ്ട് ഭേദം പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഭേദം ഇവിടെ ഭേദത്തെ ബോധിപ്പിക്കുന്നില്ല അദ്വയമായ സത്യത്തെ ബോധിപ്പിക്കുന്നു അതുകൊണ്ട് ഉത്പത്യാധികൃതമായ ഭേദം ഇവിടെയില്ല അദ്വൈതമാണ് സത്യം എന്ന് ഈ ശ്രുതി അനുസരിച്ചുകൊണ്ട് തന്നെ ഭാഷകാരൻ സമർപ്പിക്കുന്നു ഇതും അദ്വൈത സംബന്ധിച്ചൊരു പ്രധാന ഭാഗമാണ് ശ്രുതിയിലെ മറ്റ് ഭാഗങ്ങളെ സംബന്ധിച്ച് അദ്വൈതിയുടെ നിലപാടെന്താണ് ആചാര്യസ്വാമിയുടെ നിലപാടെന്താണ് അദ്വൈത ശാസ്ത്രത്തിൽ എങ്ങനെയാണോ അതിന് സമാധാനം പറയുന്നതെന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണിത് അതുകൊണ്ട് അദ്വൈതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് स्फुंगादोदिता था उपाय सोवतारास्ते भेदकथनाश्रस्त्र मध्यमोत्कृष्ट പരേവാത്മാ നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവ സേകമേവാദ്യം ഇയാശ്രുതിഭ്യോ അസദി അയം ഉപാസന ഉപതിഷപാസന പരാമർശിച്ചോ ധ്യത്തശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു എങ്ങനെ ഏകമേവാ ദ്വീയം എന്നിങ്ങനെ പരമാത്മാവിനെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തിലുള്ള ഏകനായ പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു അത് ശരി അത് സമ്മതിക്കാം പക്ഷേ മുമ്പ് പറഞ്ഞ കലഹം അല്ലാതെ തന്നെ പ്രാണോപാസന അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉപാസനകളെ ചെറു ബോധിപ്പിക്കുന്നുണ്ട് അപ്പോ ശ്രുതിയുടെ പരവുമായ താല്പര്യം ഏകത്വത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ കർമ്മം ഉപാസന ഇതെല്ലാം ശ്രുതിയിൽ വരുന്നുണ്ട് അതിന്റെ എല്ലാം നില ആ ഭാഗങ്ങളിലെ ശ്രുതി എന്നാണ് ചോദ്യം കിമർത്ഥ ഈ ഉപാസന ഉപദിഷ്ഠ ഉപാസനകളും മറ്റു ശ്രുതിയിൽ എന്തിനും അത് പറയുമ്പോൾ ആധ്യാത്മിക മാർഗത്തിൽ ആദ്യത്തെ പടി മുതൽ ശ്രുതി സമ്മതമാണെന്ന് വരും കർമ്മത്തിൽ തുടങ്ങി ഉപാസനകൾ മന്ത്രം ജപം ധ്യാനം പലതരത്തിലുള്ള അഭ്യാസങ്ങൾ യോഗം തന്ത്രം മന്ത്രം ഇതെല്ലാം ശ്രുതിസമ്മതമാണെന്ന് വരെ ഈ ഭാഗങ്ങളുണ്ട് പരമാർത്ഥം എന്താണോ വ്യത്യശബുദ്ധ ഗുക്ത സ്വഭാവമാണെന്നുള്ളതാണ് പക്ഷെ എന്നാലും ഇതിനെല്ലാം ആധ്യാത്മിക മാർഗത്തിൽ എല്ലാ സാധന സമ്പ്രദായങ്ങൾക്കും എല്ലാ മാർഗങ്ങൾക്കും നിലനിൽപ്പുണ്ട് എന്നാണ് ഇനി പറയുന്നത് ഇത്യാദി ശ്രുതി ഉപാസന വിധിച്ചിരിക്കുക പരിശുദ്ധനായി ആത്മാവിനെ ക്രത്തും ക്രവീത ആ അധികാരി ക്രത്തും ധ്യാനത്തെ ചെയ്യണം ക്രത്തു എന്ന് വെച്ചാൽ ഇവിടെ ധ്യാനം ക്രതുവിന്യാകുമെന്നു അർത്ഥമാണ് പക്ഷെ ഇവിടെ പ്രകടനത്തിൽ ധ്യാനമൊന്നും അവൻ ധ്യാനിക്കണം ആത്മീയത്യവ ഉപാസീത ആ പരമാത്മാവിനെ തന്റെ സ്വരൂപമായിട്ട് ഇനെ ധ്യാനിക്കണം ഇത്യാദി ശ്രദ്ധിക്കും ഇവിടെയെല്ലാം എന്താണോ ആത്മധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഉപാസനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നേരത്തെ എന്താണ് പറഞ്ഞത് ഏകം അദ്വിതീയമായ തത്വത്തെ ബോധിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പോ ആ ബോധിക്കലാണ് ശ്രുതിയുടെ താല്പര്യം ബോധിപ്പിക്കലാണെങ്കിൽ ശ്രോതാവ് ബോധിച്ചാ മതി പിന്നീട് ധ്യാനം എന്ന് പറയുന്നത് എന്താണ് മാനസികമായ കർമ്മമാണ് ബോധിക്കലാണ് അത് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് വസ്തുതന്ത്രവും കർത്തൃതന്ത്രവും ധ്യാനം കർത്തൃതന്ത്രമാണ് ചെയ്യുന്നവൻ അധീനമാണ് അവന് ചെയ്യാം ചെയ്യാതിരിക്കാം എന്തുമാകാം മാനസികമായ പ്രവൃത്തിയാണത് ധ്യാനം എന്ന് പറയുന്നത് മറ്റ് പ്രവൃത്തികളൊക്കെ ഉടന്നെ അപ്പോൾ അതിനെ ശ്രീ നിർദ്ദേശിച്ചിരിക്കുന്നു മറ്റാണെങ്കിലോ തത്വത്തെ ബോധിപ്പിക്കുന്നു തത്വത്തെ ബോധിപ്പിക്കുന്നത് ബോധിച്ചാൽ മതി തത്ത്വ മസി എന്ന് ബോധിപ്പിക്കുമ്പോ അവൻ തന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിച്ചാ മതി പിന്നെ അവിടെ ധ്യാനിക്കാനൊന്നുമില്ല അതാണ് പറഞ്ഞത് ജ്ഞാനം വസ്തുതന്ത്രമാണ് വസ്തുവെങ്ങനെയോ അങ്ങനെ ബോധിപ്പിക്കുക മുമ്പിൽ ഇരിക്കുന്ന പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണെന്ന് അറിയുന്നതിനു വേണ്ടി പുസ്തകം പുസ്തകമൊന്നും ധ്യാനിക്കേണ്ട കാര്യമില്ല ധ്യാനിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു പുസ്തകമാണെന്ന് മനസ്സിലാകുന്നു അതാണ് ജ്ഞാനം എന്ത് ചെയ്യുന്നു വസ്തുവിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു ധ്യാനത്തിന്റെ ആവശ്യം അദ്വൈതം ശ്രുതി അദ്വൈതത്തെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് ശ്രോതാവിന് അദ്വൈതബോധമാണുണ്ടാവുന്നത് അതാണ് മുഖ്യം ആ ബോധം ഉണ്ടാകാതെ വരുന്നിടത്താണ് പിന്നീട് ധ്യാനം തുടങ്ങിയ മറ്റ് നാനാ തരത്തിലുള്ള സാധന സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നത് അതെന്തിനു പറഞ്ഞിരിക്കുന്നു എന്നാ ചോദിക്കുന്നു അദ്വൈതം തത്വമസിന്ന് ബോധിപ്പിച്ചാ പോരേ യുവിനത് ബോധിച്ചാ പോലെ പിന്നെ അഭ്യാസങ്ങൾ എന്തിന് അതിന് പറയുന്നു കർമാണിത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അതെങ്കിലും വിധിച്ചിരിക്കും അതൊക്കെ അസംബന്ധമാണെങ്കിൽ ആ ഭാഗങ്ങളിലെല്ലാം വേദം അസംബന്ധമായി തീരും വേദം ഒരു ഭാഗം സത്യമാണ് ഒരു ഭാഗം അസത്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ വേദം പ്രമാണമാകത്തില്ല പറയുന്നത് ശ്രദ്ധത്ര ആശ്രമ ആശ്രമോ അധികൃത വർണ്ണിനശ്ചമാർഗ ആശ്രമ ത്രിവിധ ദ്ദേശിക്കുന്ന അധികാരികൾ ആശ്രമ നിഷ്ഠയിലിരിക്കുന്നവർ ആശ്രമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം ഗർഭസ്ഥ്യം വാനപ്രസം സന്യാസം എന്ന് പറയുന്ന ആശ്രമികൾ പറയുന്നു അധികാരികളായിട്ടുള്ളവർ എന്ന് പറയുന്നു അവര് മൂന്ന് തരത്തിലുണ്ട് അത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഇവിടെ അധികാരികളും നടത്തും ആശ്രമികളെന്നുള്ള ഹീന മധ്യമ ഉത്കൃഷ്ടദിഷ്ട ഉത്കൃഷ്ടം ഇങ്ങനെ മൂന്ന് തരത്തിലധികാരികളുണ്ടെന്ന് സാധാരണ പറയുന്ന ഉത്തമാധികാരികൾ മധ്യമാധികാരികൾ കനിഷ്ഠാധികാരി എന്ന് സാധാരണ പറയുന്നു മൂന്ന് തരത്തിലുള്ള അധികാരികളുണ്ട് എന്നാണ് ആശ്രമ ക്ഷികാരൻ തന്റേതായ ഒരു സംഭാവന കൂടെ അവിടെ ചെയ്യണം വർണ്ണിന മാർഗ അധികാരികളെന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തോണം വർണ്ണികളെന്നൂടെ എടുത്തോളണം വർണ്ണികളെന്ന് പറയുമ്പോൾ അത് അപകടമാണ് ഇവിടെ ആനന്ദഗിരി പറയുന്നുണ്ട് ശൂദ്രാൻ വ്യാവർത്തിയ ത്രൈവർണികാനാമേവ ഗ്രഹണാർത്ഥം മാർഗകായി പറയുന്നു അധികാരികൾ പറയുമ്പോൾ ശൂദ്രന്മാരെയും ഗ്രീക്സുകളെയും ആചാര്യൻ ഉടപാതാചര്യ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിപ്പോവും സൂത്രന്മാരും ഇതിന് അധികാരികളാണെന്ന് തോന്നിപ്പോവും അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷ്യകാരൻ വണ്ണികളെന്ന് പ്രത്യേകം പറഞ്ഞത് ട്രൈവർണികന്മാർക്ക് മാത്രമേ മാർഗകാ ഹ എന്ന് പ്രത്യേകം ഇങ്ങനെയുള്ള ഈ കൂട്ടിച്ചേർക്കലുകൾ ഏച്ചുകെട്ടലുകളാണ് ഇത് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത് കണ്ടാ പറയാതിരിക്കാനൊക്കത്തില്ല പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുകയാണ് പക്ഷെ ഇവിടെ ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അധികാരികൾ ആശ്രമികളെന്ന് വെച്ചാൽ അധികാരികളൊന്നും അവിടെ പിന്നെ ഡ്രൈവർണികന്മാരെ കൊണ്ടുവന്ന് ശൂദനെ ഒഴിവാക്കി എന്നത് ഒരു എന്താണോ നല്ല ബുദ്ധിയാണോ നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇടയ്ക്കുള്ള ഏച്ചുകെട്ടുകളാണ് എന്ന് വെച്ചാൽ ആ ഭാഷകാരന്റെയും വ്യാഖ്യാതാവിന്റെയും പ്രത്യേകം താല്പര്യങ്ങളാണ് എന്താണതിന് പറയുന്നത് സമുദായ സ്നേഹമെന്നാണോ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അവര് പ്രത്യേകവര് കൂട്ടിച്ചേർക്കണം നമ്മുടെ വല്ലികൾ എന്ന് പ്രത്യേകം പറയണം അത് ഡ്രൈവറിന്റെ ഗ്രവിടെ ഉൾപ്പെടുത്താവും ഇതിന് എന്ന് പറഞ്ഞവിടെ ഒപ്പം അധികമായി ചേർത്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടെ നിൽക്കത്തില്ലാതുകൊണ്ടത് നിർത്തുകയാണ് ആശ്രമ ശബ്ദ പ്രദർശനാർത്ഥത്വ വീണ്ടും പറയുകയാണ് അത്രയും പറയും ഇവിടെ ആശ്രമം എന്ന് പറയുന്ന ശബ്ദം പറഞ്ഞെങ്കിലും നിങ്ങളുടെ ആശ്രമം എന്നുള്ളതിന്റെ അർത്ഥത്തെ സങ്കോചിപ്പിക്കരുത് അത് പ്രദർശനാർത്ഥത്താത് വിപുലമായ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സൂദ്രന്മാരെ ഒഴിവാക്കണം ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യർ ഈ മൂന്ന് കൂട്ടർ എന്നുവെച്ചാൽ ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ എന്ന് പറയുമ്പോൾ മൂന്ന് സമുദായങ്ങളാണ് ഈ മൂന്ന് സമുദായങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ പറയുന്ന വേദവും ഇതുമെല്ലാം പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആശ്രമം എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു അർത്ഥത്തിൽ ഇതിനെ സങ്കോചിപ്പിക്കരുതെന്ന് പ്രത്യേകം ഭാഷയകാരൻ എടുത്തു പറയാണ് ആനന്ദഗിരി അതിനെ പിന്താങ്ങുന്നു പൂർണമായിട്ട് ശ്രുദ്ധന വേറെ എന്തെങ്കിലും അർത്ഥത്തിലാണ് എന്ന് ചിലത് പറയും എന്താണ് ശ്രുദ്ധനെന്ന് പറഞ്ഞത് ത്രൈവർണ്ണികൻ ചാതുർപർണ്ണയത്തിൽ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനാണ് അതുകൊണ്ട് അവനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണ് ബ്രാഹ്മണക്ഷത്രീയ വൈശ്യന്മാരെല്ലാം ശ്രേഷ്ഠമാരാണെന്ന് പറഞ്ഞു ബ്രാഹ്മണക്ഷത്രീയ വൈശ്യ സമുദായത്തിൽപ്പെട്ടവരെല്ലാം ഉത്തമന്മാരൻ ബാക്കി ശൂദ്രൻ അധമനുമാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എടുക്കാൻ വഴിയില്ല കാരണം ഇവിടെ പറയുന്ന ആശ്രമങ്ങളിൽ തന്നെ മൂന്നുപേരുണ്ടെന്നാണ് ഉത്തമൻ മധ്യമൻ കനിഷ്ഠൻ എന്ന് പറയുന്നത് ഉത്തമ അഥമ കനിഷ്ഠ ഭേദം ഈ ആശ്രമങ്ങളിൽ തന്നെയാണ് അപ്പോൾ പിന്നെ സൂദന എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നത് ഗുണങ്ങൾക്കനുസരിച്ചല്ല സമുദായം അനുസരിച്ചിട്ടാണ് ജാതി തിരിച്ചിട്ട് വേർതിരിക്കുകയാണ് അവരെ ഒഴിവാക്കണം ബാക്കി ഈ മൂന്നുപേർക്ക് മാത്രമേ ഇതെല്ലാം പാടുള്ളൂ എന്ന് പറയുന്നു അല്ലെങ്കിൽ പിന്നെ ആശ്രമത്തിൽ തന്നെ ഉത്തമ മധ്യമ കനിഷ്ഠ എന്നുള്ളൊരു ഭേദം പറയേണ്ട കാര്യമില്ല അപ്പോ ഈ ഉത്തമ മധ്യമ കനിഷ്ഠ ഭേദ എല്ലാത്തിനുമുണ്ട് എല്ലാത്തിനും ഉണ്ടെങ്കിലും ഇവിടെ ബ്രാഹ്മണക്ഷത്രീ വൈശ്യർ മൂന്നുപേർക്ക് മാത്രമേ ഇതിന് അധികാരിയുള്ളൂ സൂദന അധികാരമില്ല എന്ന് പറയുന്നു സൂദന അധികാരമില്ലെങ്കിൽ ഒന്നാലോചിക്കണം ഈ പറയുന്നത് ആര്യാവർത്തത്തിൽ നിലനിന്നിരുന്ന ചാതുരൂർണ്ണ വ്യവസ്ഥയിലുള്ളവരെ കുറിച്ച് പറയുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ ചാതുപഠനത്തിൽപ്പെടുന്നവരുമില്ല ഇവിടെയുള്ളതെല്ലാം ഭരണബാഹ്യന്മാരാണ് കണ്ടാളന്മാരെന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇവിടെയൊക്കെ ഉള്ളവർ അപ്പൊ ഇവരുടെയൊക്കെ സ്ഥിതി എന്താണോ ഇവരെന്നു കേൾക്കാനോ പഠിക്കാനോ പാടില്ലെന്നാണ് പറയുന്നത് എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ഭരണബാഹ്യന്മാരെ ഇവിടെ പരാമർശിക്കുന്നതിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ സ്വാമിമാരുടെ കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല ഇത് പറയുന്നതെല്ലാം ചാതുർവർണ്ണയത്തിൽ പെട്ടവരുടെ കാര്യമാണ് അത് ആര്യാവർത്തത്തിലുള്ള അത് എവിടെയാണുള്ളതെന്നൊക്കെ പറയുന്നു ആ ഒരു ഭാഗത്തേ ഉള്ളു അപ്പൊ അത് ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യം ഇവിടെ ഏച്ചു കിട്ടിയതാണ് അപ്പൊ ചിലത് പറയുന്നത് വേറെ ആരും ഇതിന്റെ ഇടയ്ക്ക് എഴുതി ചേർത്താണോ ആരെഴുതി ചേർത്താ കുറിച്ചാണ് പറയുന്നത് അത് ആരെഴുതി ചേർത്തെന്ന് നമുക്കറിയത്തില്ല ഇങ്ങനെ പറഞ്ഞിരിക്കും ഭാഷ്യത്തിനും ആനന്ദകാഖ്യാനത്തിനും ഇനി അതിന് വരുന്ന വ്യാഖ്യാനത്തിനും ഇതിനകത്ത് മൂന്നാല് വ്യാഖ്യാനങ്ങളുണ്ട് ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഒരുപോലെ എഴുതി ചേർത്തമിടുക്കൻ ആരായാലും ശരി അയാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല കാരണം ഇതാണ് ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് അതുകൊണ്ടിത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ കാരികയിൽ ആചാര്യൻ ആശ്രമമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഇത്രയും ദുർവ്യാഖ്യാനം ചെയ്ത് അതിനൊരു വളരെ സങ്കുചിതമായ ഒരു അർത്ഥത്തെ എടുത്ത് അർത്ഥത്തെടുത്തപ്പോൾ അത് പരാമർശിക്കാതിരിക്കുന്നത് ശരിയാണ് അതുകൊണ്ട് ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താണ് കരികി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആശ്രമം ആശ്രമങ്ങളിൽ തന്നെ ഉത്തമ അഥമ മധ്യമന്മാരുണ്ട് അപ്പോൾ അഥമന്മാർക്ക് വേണ്ടി സൂദന്റെ അടുത്തോ ചണ്ടാളന്റെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല അത് ഇവരിൽ തന്നെയുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്വര്യത്തന്നെയുണ്ട് വാശികാരൻ പറയുന്നതനുസരിച്ചാണെങ്കിലും അധമന്മാരുണ്ട് എന്നാണ് ഇതിനു പുറത്തു പോകുന്നു നികൃഷ്ടാഹ മധ്യമ ഉത്തൃഷ്ടാചർ മന്ദ മധ്യമ ഉത്തമ ബുദ്ധി സാമർഥ്യ ഉപേത ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹീനം ഉത്കൃഷ്ടം അപ്പൊ അതിൻ്റെ വാശ്യാർത്ഥത്തെടുക്കരുത് ഇവിടെ ഹീനം മധ്യമം ഉത്കൃഷ്ടം എന്ന് പറയുന്നത് ദർശന സാമർഥ്യമാണ്മർഥ്യം അല്ലെ ഗ്രഹണ സാമർഥ്യം ആ ഗ്രഹണ സാമർഥ്യത്തിൽ ഉത്കൃഷ്ടതയുണ്ട് മനുഷ്യരെല്ലാം കാണുന്നുണ്ട് അതേങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിന്റെ വിതരണം ഇവിടെ തന്നെ ഈ വ്യാഖ്യാനിക്കുന്നതിനെതിരായ കാര്യമാണെന്നു പറഞ്ഞിരിക്കുന്നത് ഉത്തമ മധ്യമ അഥമ ഭേദം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ബുദ്ധി സാമർഥ്യമാണ് ഈ ബുദ്ധി സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കുത്തകയാണോ അല്ലല്ലോ ഇതേത് മനുഷ്യരിലും കാണും ബുദ്ധി സാമർഥ്യം എങ്ങനെയുള്ള ഉത്തമ ബുദ്ധി അതായത് ഉത്കൃഷ്ടബുദ്ധി മധ്യമബുദ്ധി മോശമായ ബുദ്ധി മന്ദബുദ്ധി ഇതെല്ലാവരിലും കാണുന്നതാണ് അപ്പോ ആ ഭാഗം മധ്യമ ഉത്തമ ഉത്തമ മധ്യമഹീനമെന്ന് പറയുന്ന ഭാഗം ശരിയായ രീതി വ്യാഖ്യാനിച്ചിട്ട് ആശ്രമം വീണ്ടും നിർവ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് മനഃപൂർവ്വം അല്ല എന്ന് കരുതാ നിവർത്തിയില്ല മധ്യമ ഉത്തമ ബുദ്ധിഭേദമാണ് ഇവിടെ മുഖ്യം അല്ലാതെ ജാതിഭേദമല്ല അപ്പൊ പിന്നെ ജാതിഭേദമായിട്ട് വ്യാഖ്യാനിക്കുന്നോണ്ട് എന്ത് ലാഭം ഉണ്ടാവും അതിന് വൈരുദ്ധ്യം വരുന്നുണ്ട് ഉത്തമ ബുദ്ധികൾ മധ്യമബുദ്ധികൾ മന്ദബുദ്ധികൾ ഇത് മനുഷ്യരിൽ എല്ലാ വിഭാഗത്തിലും എല്ലാ സമുദായങ്ങളിലും ഉള്ളതാണ് അവർക്കനുസരിച്ചിട്ടാണ് വേദത്തിൽ ഈ ഭേദം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വേദം എല്ലാ മനുഷ്യ സമൂഹത്തിനും മൊത്തമുള്ളതാണ് ആ മനുഷ്യ സമൂഹത്തിൽ ഉത്തമബുദ്ധിയുള്ളവരും മധ്യമബുദ്ധിയുള്ളവരും മന്ദബുദ്ധിയുള്ളവരുമാണ് അവർക്ക് വേണ്ടിയുള്ള ഉപാസനക്രമങ്ങളെ ആരാധനാ സമ്പ്രദായങ്ങള് ആധ്യാത്മിക സാധനങ്ങള് വേദം നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കാര്യം സ്പഷ്ടമാണ് അതിനുവേണ്ടിയിട്ടിങ്ങനെ ജാതീയമായി വ്യാഖ്യാനിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മന്ദ മധ്യമ ഉത്തമ ബുദ്ധി സാമർഥ്യ ഉപേദിത്യർത്ഥ ഉപാസന ഉപദേഷ്ടം അതിനുവേണ്ടിയിട്ടാണ് ഈ ഉപാസന പറഞ്ഞിരിക്കുന്നത് അപ്പം മനുഷ്യരുടെ ബുദ്ധിഭേദമനുസരിച്ച് ഉത്തമ മധ്യമ അഥമ ബുദ്ധിഭേദമനുസരിച്ച് ഈ ഉപാസനയുടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് തദർത്ഥം മന്ദ മധ്യമ ദൃഷ്ടിയ അവിടെയും കൂട്ടിച്ചേർത്ത ആശ്രമാദ്യർത്ഥം എന്ന് ആശ്രമം എന്ന് മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല അതിൽ പിന്നീട് വർണ്ണം എന്നുള്ള പറയുമ്പോഴാണ് കുഴപ്പമില്ല ത്രൈവർണികം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല കേവല ആശ്രമം എന്ന് മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല മന്ദ മധ്യമ ദൃഷ്ടിയാ മന്ദ മധ്യമ ഉത്തമ ദൃഷ്ടിക്കനുസരിച്ച് ആ മനുഷ്യന്റെ ബുദ്ധിഭേദമനുസരിച്ചെന്ത അപ്പം മനുഷ്യന് വേണ്ടിയുള്ളതാണ് ഭേദം അല്ല പ്രത്യേകിച്ച് ഒരു സമുദായത്തിനും ഒരു ജാതിക്കാർക്ക് വേണ്ടിയുള്ളതല്ല അതെത്ര വ്യാഖ്യാനിച്ചാലും അങ്ങനെ ആക്കിയെടുക്കാൻ പ്രയാസമാണ് അതുപോലെ കർമാണി കർമ്മങ്ങളും വൈദികമായ കർമ്മങ്ങളും അതിനുവേണ്ടിട്ടാണ് കർമ്മങ്ങളും അതിനുവേണ്ടിട്ടാണ് അതാണ് ഉപാസന ഉപഷ്ടം തൃഷ്ടി ആശ്രമാദ്യർത്ഥം കർമാണി കർമ്മങ്ങളും അതുമാണ് ആത്മ ആ ഏക അതിഥിയ നിശ്ചിതവും ഉത്തമദൃഷ്ടിയർത്ഥം ദയാളുന വേദേന അനുഗംബയ സന്മാർഗ സന്ത കഥം ഇമാം ഉത്തമാകത്വദൃഷ്ടിയും പ്രാപ്തി ചെയ്യുന്നു പറയുന്നു ഉത്തമ ബുദ്ധികൾക്ക് ആത്മതത്വത്തെ നേറ്റുപദേശിക്കുന്നു പക്ഷേ എന്താണ് മന്ദ മധ്യമ ദൃഷ്ടി മന്ദവും മധ്യവുമായിട്ടുള്ള ദൃഷ്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങളും ഉപാസനകളും നിർദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെ ആത്മാ ഏകയോ അദ്വീതീയേ എന്നുള്ള ഈ തത്വം എങ്ങനെയവർ മനസ്സിലാക്കും ഈ തത്വത്തെ എങ്ങനെ അവർക്ക് ബോധിക്കാൻ കഴിയും അതിനുവേണ്ടിട്ട് ദയാളുന വേദേന ദയാലുവായ വേദം അനുകമ്പയോടുകൂടി ഇവർ സന്മാർഗികളായി ഇവരെങ്ങനെ കഥം ഹിമാം ഉത്തമം ഏകത്വദൃഷ്ടിയും പ്രാപ്തിക്കും ഈ മന്ദ മധ്യമ ദൃഷ്ടികൾ ഉത്തമമായ ഏകത്വദൃഷ്ടിയെ എങ്ങനെ പ്രാപിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് വേദം അവർക്ക് വേണ്ടി ഉപാസനകളെയും കർമ്മങ്ങളെയും വിധിച്ചിരിക്കുന്നു അതിൽ തന്നെ എന്താണ് മന്ദദൃഷ്ടികൾക്ക് വേണ്ടി കർമ്മങ്ങൾ മധ്യമ ദൃഷ്ടികൾക്ക് വേണ്ടി ഉപാസന ഉത്തമദൃഷ്ടിക്ക് വേണ്ടിട്ട് തത്വജ്ഞാന അതാണ് വേദം നിർദ്ദേശിച്ചിരിക്കുന്ന ഭാഷകാലം പറയുന്നത് ആ പറയുന്നിടത്ത് അവിടെ എന്താണ് സർവ്വീകരണം മനുഷ്യരെയും ഉൾക്കൊള്ളും മനുഷ്യരാശിയെ കണ്ടുകൊണ്ട് പറയും മനുഷ്യരിൽ ഈ മൂന്ന് ഭേദം ഉള്ളത് തന്നെയാണ് അതിനെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യന്റെ ജാതി എന്ന് പറയാം എന്താണ് ഉത്തമബുദ്ധിയുള്ളത് ഒരു ജാതി മധ്യമ മറ്റൊരു ജാതി അഥമബുദ്ധിയുള്ളത് വേറൊരു ജാതി അങ്ങനെ മൂന്ന് ജാതി ഇവരെ നമുക്ക് വേണമെങ്കിൽ ത്രൈവർണികന്മാരെന്ന് വയ്ക്കാം മൂന്ന് വർണ്ണത്തിൽപ്പെട്ട മനുഷ്യർ അവരിൽ എന്താണ് ആ ഉത്തമബുദ്ധിയുള്ളവർക്ക് വേണ്ടി തത്വജ്ഞാനത്തെ ഉദ്ദേശിച്ചു മധ്യമ ബുദ്ധിയുള്ള വേണ്ടി ഉപാസനകളെ നിർദ്ദേശിച്ചു മന്ദബുദ്ധികൾക്ക് വേണ്ടിട്ട് കർമ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയാം സാധുണ്യത്തെ കൊണ്ടുവരുമ്പോ അത് തകരാറാവും ഉത്തമ മാത്രമേ ഇത് സാധ്യമാവുന്ന എന്തുകൊണ്ട് പറഞ്ഞു അതിനെന്തെങ്കിലും പക്ഷപാതമുണ്ടോ വേദത്തിന് അതല്ല എന്തുകൊണ്ട് എൻ മനസ്സാനമനത്തെ ഏൻ ആഹുറും മനോമതം സതേവ ബ്രഹ്മിധി തത്വമസി ഉത്തമ ബുദ്ധികൾക്ക് വേണ്ടി തത്വത്തിൽ പറഞ്ഞുകൊണ്ടാണ് അത് മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിയുന്നതല്ല അത് മനസ്സിനെ മനനം ചെയ്യുന്നതാണ് അതാണ് പരബ്രഹ്മം അതാണ് നീ അല്ലാതെ നീ ഉപാസിക്കുന്ന ഒന്നുമല്ല അന്യമായി കണ്ടുകൊണ്ട് ഉപാസിക്കുന്ന നിന്റെ സ്വരൂപം എന്നാ ശ്രുതി ബോധിപ്പിക്കുന്നൊണ്ട് ഈ പറയുന്ന തത്വത്തെ ഉത്തമമായ ബുദ്ധി ഉള്ളവരെ ഉത്തമ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉള്ളുദ്ദേശിക്കുന്നത് എന്താണോ സംസ്കരിക്കപ്പെട്ട ബുദ്ധി ശുദ്ധിയുള്ള ബുദ്ധി ഏകാഗ്രമായ ബുദ്ധി അതിനാണ് ഉത്തമ ബുദ്ധി എന്ന് പറയുന്നത് ഏകാഗ്രവും ശുദ്ധവുമായ ബുദ്ധി അതുകൊണ്ടാണ് ഈ തത്വത്തെ ഗ്രഹിക്കേണ്ടത് അത് ശ്രുതി എന്ന് പറയുന്നു അല്ലാതെ മന്ദബുദ്ധിയുണ്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വേദം പൂർണമായും സാർത്ഥകമാണ് കർമ്മപരമായ ഭാഗങ്ങളും ഉപാസനാപരമായ ഭാഗങ്ങളും തത്വത്തെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളും ഒരുപോലെ സാർഥകമാണ് അപ്പോ വേദത്തിൽ ഒരു അർത്ഥത്തെയും നിഷേധിക്കാനില്ല അപ്പോൾ രണ്ട് രീതിയിൽ വേദത്തെ ഗ്രഹിക്കുന്നു ഒന്നെന്താണോ വേദത്തിന്റെ വാക്യാർത്ഥത്തെ എടുക്കാതെ വേദത്തിന്റെ താത്പര്യങ്ങൾ എടുക്കണം അതാണ് വേദ താത്പര്യത്തെ മനസ്സിലാക്കുമ്പം വേദം പൂർണമായും സത്യമാണ് വേദം സത്യത്തെ പരമാർത്ഥത്തെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ മറ്റന്നെന്താണ് ഉപദേശങ്ങൾ എല്ലാം അധികാരിഭേദമനുസരിച്ചാണ് ഉത്തമ ബുദ്ധികൾക്ക് വേണ്ടി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു മധ്യമബുദ്ധികൾക്ക് വേണ്ടി ഉപാസന ധ്യാന രീതികളെ ബോധിപ്പിക്കുന്നു ധ്യാനം നമ്മൾ ധരിച്ചിരിക്കുന്നത് ധ്യാനം ഉത്തമന്മാർക്ക് വേണ്ടിയിട്ടാണ് നല്ല മധ്യമന്മാർക്ക് വേണ്ടിയിട്ടാണ് കാരണം ധ്യാനവും മാനസിക യത്നമാണ് അതുകൊണ്ടത് മധ്യ നിലവാരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ധ്യാനം പറഞ്ഞിരിക്കുന്നത് കർമ്മങ്ങൾ മന്ദബുദ്ധികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിൽ അധികാരി ഭേദമനുസരിച്ച് ചിന്തിച്ചാലും വേദം പൂർണമാണ് വേദത്തിൽ അസത്യവചനങ്ങളില്ല വേദം പരമാർത്ഥമാണ് വേദം സത്യമാണ് അല്ലെങ്കിൽ വേദത്തിന്റെ താൽപര്യത്തെ എടുത്താൽ ഇത് രണ്ടുമല്ലാതെ നമ്മൾ വേദത്തെ മനസ്സിലാക്കാൻ പോയാൽ വേദത്തിൽ ഒരുപാട് അസംബന്ധങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും കാരണം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പൊട്ട കഥകളെല്ലാം വേദത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണോ വേദം പലരും അങ്ങനെ വേദത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സായിബന്മാരെല്ലാം പലരും വേദത്തെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് ഇതിന് ഇന്ദ്രന്റെയും ചന്ദന്റെ ഒക്കെ കഥകളും ദശിക്കളും മറ്റും തമ്മിൽ അടിക്കുന്നതും മഴക്കു കൂടുന്നതും എന്താണ് മഴയും അഗ്നിയൊക്കെ ഭയം എന്നുള്ള ഇതൊക്കെ എൻ്റെ വേദത്തിലുള്ളൂ ഈ വേദത്തിലെന്താ സത്യമുള്ളത് വേദാ സംബന്ധമുള്ളതാ അല്ലേ എന്നെല്ലാം പറയുന്നുള്ളൂ അവരെല്ലാം പറയുന്നത് എങ്ങനെയാണ് അവര് പറയുന്നത് പ്രധാനമായിട്ടും വേദത്തിന്റെ വാക്യാർത്ഥത്തെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നു വാച്യാർഥത്തെ മനസ്സിലാക്കിയിട്ട അങ്ങനെ വേദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ അവന്റെ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്ന ഈ ഭാഷ മുഴുവൻ അസംബന്ധമാണ് കാരണം അതിൽ പറയുന്ന വാച്യാർത്ഥങ്ങളുടെ മുഴുവൻ അസംബന്ധമാണ് വേദത്തിന് മാത്രമാണ് അതാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത് വോദനം പദ്ധതി എന്ന് പറഞ്ഞ അസംബന്ധമാണ് പക്ഷേ നമ്മൾ അതിന്റെ താല്പര്യത്തെ അനുഗ്രഹിക്കുമ്പോൾ അത് ശരിയാകും അതുകൊണ്ട് വേദത്തെ മറ്റ് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതുപോലെ വേദത്തെ പഠിച്ച് അതിന്റെ വാച്യാർത്ഥത്തെ എടുത്തിട്ട് വേദം അസംബന്ധമാണെന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷെ അതല്ല വേദം പരവുമായ താല്പര്യത്തെ ബോധിപ്പിക്കുന്നുണ്ട് വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെയാണ് ബോധിക്കുന്നത് അതുകൊണ്ട് ആ വാച്യാർത്ഥത്തെ തള്ളിക്കളയുക എന്നാണ് ഇവിടെ പറയുന്നത് നമ്മള് വേദത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ താല്പര്യത്തെടുക്ക ഇതാണ് വേറെ രീതിയുടെ അതിരീതിയിൽ പറയുന്നത് എന്താണ് വേദത്തിന്റെ ലക്ഷ്യാർഥത്തെ എടുക്കണം വാച്ചാർത്ഥത്തെ എടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ തത്വത്തെ ഈ സമ്പ്രദായത്തെ ഗ്രഹിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേദത്തിന്റെ രക്ഷ വേദരക്ഷ അത് ആവശ്യമാണ് വേദത്തെ നിലനിർത്തണം വേദത്തെ രക്ഷിക്കണം അവരിങ്ങനെയുള്ള സങ്കുചിതമായ വ്യാഖ്യാനങ്ങളെല്ലാം കളഞ്ഞിട്ട് അത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് അത് നിലനിർത്തണം വേദത്തിൽ നിന്ന് മാത്രമേ മാത്രമാണ് ഈ സത്യത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം തിഷേഥമനുക്കാത വൈദ്യോ നിശിതാദൃഢം പരസ്പരം വിരുദ്ധ്യത്തെ വൈരയം വിരുദ്ധ്യത്തെ ശാസ്ത്രോത്തിഭ്യം അവധാരത ദർശനം രണ്ടു തരത്തിലുള്ള തത്വജ്ഞാനത്തെ കുറിച്ച് പറയും യഥാർത്ഥമായ ജ്ഞാനം മറ്റൊന്ന് മിഥ്യാജ്ഞാനം ഇവിടെ ശാസ്ത്ര പ്രമാണത്തിലൂടെ ശാസ്ത്രത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപപത്തിയുക്തി കൊണ്ടും ഇവിടെ നിർദ്ധാരണം ചെയ്തു എന്താണ് അദ്വൈ ആത്മദർശനം സമ്യക് ദർശനം അദ്വൈമായ ആത്മദർശനം അതാണ് സമ്യക് ആയിട്ടുള്ളത് ഇവിടെ ഭാഷകാരൻ അവതരിപ്പിക്കുന്ന രീതിയിൽ ആചാര്യൻ കാരികയിലൂടെ വെളിപ്പെടുത്തിയ രീതിയിൽ അദ്വൈതമെന്ന് പറയുന്ന തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അത് സമ്യക് ദർശനമാണ് അതിൽ പോരായ്മകളില്ല തിൽ സംശയങ്ങളില്ല ഭ്രാന്തിയില്ല അതിൽ അജ്ഞാനം മൂന്നും ഇല്ലാതെ വരുന്നതാണ് സംയുക്ത ദർശനം പരമാർഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം തദ്ബാഹ്യത്വ ആ നിലയിൽ നിന്ന് അവിടെ നിന്ന് നോക്കണം അല്ല നമ്മുടെ നിലയിൽ നിന്ന് അദ്വൈത ദർശനത്തിന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ അന്യ ഇച്ഛാദർശനം ബാക്കി വരുന്ന ദ്വൈത കാഴ്ചപ്പാടുകളെല്ലാം മിഥ്യയാണ് പരമാർത്ഥമല്ല അസത്യമാണ് കാരണം മിഥ്യ സത്യം എന്ന് വേറിതിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ബുദ്ധിയുടെ നിലയിൽ നിന്നുകൊണ്ടല്ല നമ്മളുടെ ബുദ്ധിയുടെ നിലയിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ എല്ലാം സത്യമൊന്നും നമുക്ക് സമ്മർദ്ദിക്കാം അല്ലെങ്കിൽ എല്ലാം മിഥ്യ ഒന്നും സമർത്ഥിക്കാം അതെല്ലാം ബുദ്ധിവൈഭവം അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ബൌദ്ധിക ശേഷിയനുസരിച്ച് ഏതിനെയും നമുക്ക് സമർത്ഥിക്കാനോ നിഷേധിക്കാനോ വരും ുദ്ധിയിലേറ്റക്കുറിച്ചിലുള്ള രണ്ടുപേരും തമ്മിൽ ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും അവരുടെ ബുദ്ധിശേഷി അനുസരിച്ച് ഒരാൾക്ക് അദ്വൈതത്തെ സമർത്ഥിക്കാം വേറൊരാൾക്ക് ദ്വൈതത്തെയും സമർത്ഥിക്കാം എന്തുകൊണ്ട് അത് മനുഷ്യബുദ്ധിയെ ആശ്രയിച്ചാണ് ഈ സമർത്ഥനവും നിഷേധനവും നില ഇവിടെ അദ്വൈതത്തെ കുറിച്ചുള്ള അദ്വൈതത്തെ സമയ ദർശനം എന്നു പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ നിലയിൽ നിന്നുള്ള വാദപ്രതിവാദങ്ങളിലൂടെ ഉയർത്തിരിഞ്ഞു വരുന്ന ഒരു സംയുക്ത ദർശനം എന്നുള്ള എനിക്കല്ല പരമാർത്ഥത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ശ്രുതിയുടെ പരമമായ താൽപ്പര്യം പരമാർത്ഥമാണ് സത്യമാണ് ആ സത്യത്തിന്റെ നിരയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പിന്നെ വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വെളിപ്പെടുന്ന സത്യം അത് സംയുക്ത ദർശനമാണ് അതിന് വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ർശനങ്ങളാണ് അതുമായി താരതമ്യപ്പെടുത്തുന്നത് അതാണ് ഇവിടെ പറയുന്നത് എല്ലാം മിഥ്യാദർശനങ്ങളാണ് എന്തുകൊണ്ട് രാഗദ്വേഷാദി ദോഷാസ്പദത്വ അത മുഖ്യമായൊരു കാര്യമാണ് രാഗദ്വേഷാദികളോടുകൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമർത്ഥിക്കുമ്പോൾ നമ്മൾ അവിടെ സിദ്ധാന്തിക്കുന്ന ഏത് തത്വമായാലും ശരി അത് അസത്യമായിരിക്കും മുരുകന്റെ ദർശനം അസത്യമാണെന്ന് പറയുന്നതിന് കാരണം എന്താണ് പറയുന്നത് രാഗദ്വേഷാദി ദോഷങ്ങൾ രാഗദ്വേഷാദി ദോഷങ്ങളോടുകൂടി നിങ്ങൾ എന്ത് സമർത്ഥിക്കാൻ പോയാലും ശരി അസത്യമാകത്തില്ല അത് നിങ്ങൾ ദ്വൈതത്തെ സമ്മർദ്ദിച്ചാലും ശരി അദ്വൈതത്തെ സമ്മർദ്ദിച്ചാലും ശരി ആ രാഗദ്വേഷാദികളെന്ന് പറയുന്നത് എന്താണ് സ്വസിദ്ധാന്തത്തോടുള്ള പക്ഷപാതം പരപക്ഷത്തോടുള്ള വിദ്വേഷം ഇതൊക്കെ രാഗദ്വേഷാദികളുടെ ഫലമായിട്ടുണ്ടാകുന്നു ആചാര്യന്മാർക്ക് അതില്ല ആന്തരികമായ അവർക്ക് സ്വപക്ഷത്തോടുള്ള അങ്ങനെയുള്ള ഒരു പക്ഷപാതമോ പരപക്ഷത്തോടുള്ള ദേഷ്യമൊന്നുമില്ല രാഗദ്വേഷ ശൂന്യമായ ഒരു മനസ്സുകൊണ്ടാണ് അവർ ഈ പരമാർത്ഥ തത്വത്തെ അങ്ങനെ ഒരു മനസ്സിനെ പരമാർത്ഥതം വെളിപ്പെടുത്തും രാഗദ്വേഷാദികളുണ്ടെങ്കിൽ എങ്ങനെ പരമാർശ തത്വം വെളിപ്പെടും അവിടെ വെളിപ്പെടുത്തുക ഇപ്പൊ ദ്വൈതികളെന്ന് നമ്മളെ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ് ഉള്ളവരെയാണ് ഏതെങ്കിലും ഒരു തത്വത്തിന്റെ പക്ഷം പിടിച്ച് അതിനനുകൂലമായി യുക്തികൾ പ്രയോഗിക്കുകയും മറ്റുള്ളതിനെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നവർ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ദർശനങ്ങളെല്ലാം മിഥ്യാദർശനങ്ങളാണോ അതും സ്വസിദ്ധാന്താസ്വസിദ്ധാന്തരചനിയമേഷു കപില കണാകുദ്ധ അർഹദാദി ദൃഷ്ടി അനുസാരണോ ദ്വൈജനോ നിശ്ചിത സ്വസിദ്ധാന്തകൾ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള സിദ്ധാന്തങ്ങൾ സ്വസിദ്ധാന്തരചനാനിയമേഷൻ അവരവരുടെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നതിന് അവർ കൊണ്ടുവന്ന നിയമങ്ങൾ അതേതൊക്കെയാണ് ആ നിയമങ്ങളെന്ന് പറയുന്നു കപിലന്റെ അനുയായികൾ കപിലനെ കുറിച്ചുള്ള പറയുന്നത് കപില ദൃഷ്ടി അനുസരണ കപിലദൃഷ്ടുസരിക്കുന്നവർ കണാദൃഷ്ടി അനുസരിക്കുന്നവർ ബുദ്ധദൃഷ്ടി അനുസരിക്കുന്നവർ ർഹതന്റെ ദൃഷ്ടി അനുസരിക്കുന്നവർ അനുയായികൾ അത് പലയിടത്തും കാപ്പിലന്മാര് കാണാതന്മാര് ബൌദ്ധന്മാര് ആർഹതന്മാരെന്നും പറയും ഇവിടെ അവരുടെ സിദ്ധാന്തങ്ങളെ അവരുടെ കാഴ്ചപ്പാടിനെ അനുസരിക്കുന്നവർ വൈദികളെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിശ്ചിതന്മാർ ഇവിടെ ഒരു പ്രധാനമായ കാര്യം മനസ്സിലാക്കേണ്ടത് കപിലൻ കണാതൻ ബുദ്ധൻ ആർഹതൻ തുടങ്ങിയവരുടെ ദർശനങ്ങളെ ദ്വൈതമായി ഗ്രഹിച്ചുകൊണ്ട് അതിനെ പിന്തുടരുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ദർശനങ്ങളെയൊക്കെ ഒരാൾ അദ്വയമായി ഗ്രഹിക്കണമെങ്കിൽ അവിടെ അവിടെ പ്രശ്നമൊന്നും തോന്നുന്നു ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധന്റെ പര്യായമാണ് അദ്വയവാദി ബുദ്ധന്റെ പര്യായ ബുദ്ധന്റെ ദർശനത്തെ അദ്വയമായിട്ടാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ പ്രശ്നമില്ല പക്ഷേ അത് കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് അപ്പോ ഇത്തരം ആചാര്യന്മാരെ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ അദ്വൈതി നിന്ദിക്കുന്നു എന്നെടുക്കരുത് അദ്വൈതി വാസ്തവത്തിൽ നിന്ദിക്കുന്നു പൂർവാചാര്യന്മാരെ അദ്വൈതികൾ നിന്ദിക്കുന്നു എന്നെടുക്കരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ തനിക്ക് പൂർവികന്മാരായ കപില ഗണാതാതി ആചാര്യന്മാരെ യശുമാരെ നിന്ദിക്കുന്നു എന്നുവരും ഇവിടെ പറയുന്നതിന്റെ വാച്ചിയാർത്ഥം കൊടുത്ത് കഴിഞ്ഞു അതല്ല അവിടെ നിന്ദിക്കുന്നത് എന്തിനാണ് അവരുടെ ദർശനങ്ങളെ ദ്വൈതപരമായി വ്യാഖ്യാനിക്കുന്നവരെ നിന്ദിക്കുക അതാണ് അവരുടെ ദൃഷ്ടി അനുസാരികളായ ദ്വൈതികൾ അവരുടെ ദൃഷ്ടികളെ ദ്വൈതമായി കണ്ട് അതിനനുസരിക്കുന്ന ദ്വൈതികൾ എന്നുള്ളത് അങ്ങനെ കാണുന്നവരാണ് ആ സമ്പ്രദായത്തിലുള്ളവർ അങ്ങനെ പറയാൻ കാരണം ഈ ആചാര്യന്മാരുടെ സമ്പ്രദായങ്ങളിലെല്ലാം അദ്വൈതികളുണ്ട് അദ്വൈത ദർശനമാണ് ഇവരുടെ ദർശനമെന്ന് സമർത്ഥിക്കുന്ന ആചാര്യന്മാർ ഇവരുടെ പരമ്പരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ബൌദ്ധ പരമ്പരയിൽ തന്നെ പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ അശ്വഭൂഷണെ പോലെയുള്ളവരെല്ലാം അവതരിപ്പിക്കുന്ന സിദ്ധാന്തം ശരിക്കും അദ്വൈതത്തിൽ നിന്ന് അനുഭവത്തിരിക്കാൻ പ്രയാസം പക്ഷെ അതേ പരമ്പരയിൽ തന്നെ ക്ഷണിക വിജ്ഞാനത്തെ സ്വീകരിക്കുന്നവരുമുണ്ട് അപ്പൊ അത്വൈതമായ അദ്വൈത സിദ്ധാന്തമായി അപ്പൊ ഒരേ ആചാര്യന്റെ പിന്തുടർച്ചക്കാരിൽ തന്നെ ദ്വൈതത്തെയും അദ്വൈതത്തെയും ഒക്കെ സ്വീകരിക്കുന്നവരുണ്ട് അപ്പൊ അതിൽ ആ അദ്വൈതസമ്പ്രദായക്കാരെയാണ് ഇവിടെ നിഷേധിക്കുന്നത് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ കൂടുതലും പ്രചരിച്ചിരുന്നത് ദ്വൈതസമ്പ്രദായങ്ങളായിരുന്നു മറ്റുള്ളവരുടെ എല്ലാം ദ്വൈതസമ്പ്രദായത്തെയാണ് അതേ പരമ്പരയിൽ തന്നെ പുൽക്കാലത്ത് ഈ അദ്വൈത ആശയത്തെ ആചാര്യന്മാരുണ്ടായി അവർ എവിടുന്നത് കണ്ടെത്തി അവർ ഈ ആചാര്യന്മാരുടെ ദർശനത്തിൽ തന്നെ അദ്വൈതത്തെ കണ്ടെത്തി അത് ദർശനങ്ങളുടെ വളർച്ചയിലും പരിണാമത്തിലും സംഭവിച്ച മാറ്റങ്ങളാണ് അതുകൊണ്ട് ആരെയും പാടെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല ഇവര് ദ്വൈതികളാണ് അസംബന്ധമാണ് എന്നൊന്ന് പറഞ്ഞ് ആചാര്യന്മാരെല്ലാം ശ്രേഷ്ഠന്മാരാണ് പൂർവാചാര്യന്മാരങ്ങനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ തന്നെ ഏറ്റവും വലിയ നിഷേധിയായി മാറും കാരണം ഇവിടെ പേരെടുത്ത് പറഞ്ഞ് നിഷേധിക്കുക കപിലൻ കണാകൻ ബുദ്ധൻ ആർഹതൻ എന്നെല്ലാം പറഞ്ഞ അതുകൊണ്ട് തന്നെ ബ്രഹ്മസൂത്രത്തിൽ കപിലന്റെയൊക്കെ ചർച്ച വരുമ്പോൾ ശങ്കരാചാര്യ പറയും ആ കപിലൻ വേറെയാണ് ഈ കപിലൻ വേരെയാണ് ഞാൻ പറയുന്ന കപിലൻ വേറെയാണ് എന്ന് പറഞ്ഞ് ഒത്തിരി കപിലന്മാരെ കാര്യം പറഞ്ഞിട്ട് പറയും അതിലേതോ ഒരു കപിലൻ ശരിയാണ് ബാക്കിയുള്ള കപിലന്മാര് ശരിയല്ല എന്തെല്ലാം പറഞ്ഞവിടെ വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം കപലനെ കുറിച്ച് തന്നെ ശ്രേഷ്ഠനായ കൃഷിയാണെന്നും പുരാണങ്ങളിലും മറ്റും ഒക്കെ പറയുന്നു മഹാനായ ആചാര്യനാണെന്ന് പറയുന്നു അപ്പൊ അവരുടെ അനുയായികളെല്ലാം നിരകത്തി പോകുന്നു പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അപ്പൊ അത് ഏതോ ഒരു കപിലനുണ്ടങ്ങനെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന കപലനും ഉണ്ട് അദ്വൈതത്തെ പറയുന്നു അദ്വൈതമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന പരമാർത്ഥം സത്യം അദ്വൈതം എന്ന് പറയുമ്പോൾ വേറെ ഒന്നാണ് ധരിക്കുന്നത് അദ്വൈതം എന്ന് പറഞ്ഞാൽ സത്യം സത്യത്തെ ബോധിപ്പിക്കുന്നവരായിട്ടാണ് യശുമാരെല്ലാം അറിയപ്പെടുന്നത് ആചാര്യസ്വാമികൾ നിഷേധിക്കുന്നത് കുടുംബസൂത്രത്തിൽ തന്നെ രണ്ടാം അധ്യായത്തിന്റെ അക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ നിഷേധിക്കുന്നവർക്ക് ഈ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ പരമ്പരയിൽ ഭേദബുദ്ധി ഉണ്ടാക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അവരെയാണ് നിഷേധിക്കുന്നതെന്ന് അവിടെ എടുത്തു പറയുന്നത് അതുകൊണ്ടിവിടെ അജയസ്വാമികളും പൂർവാചാര്യന്മാരെ നിഷേധിക്കുന്നുവെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അത് വാച്യാർത്ഥത്താഗ്രഹിക്കുന്നതുകൊണ്ടാണ് താല്പര്യത്തിൽ പൂർവാചാര്യന്മാരുടെ നിഷേധമല്ല അവരുടെ സിദ്ധാന്തങ്ങളെ ദുർവാഖ്യാനം ചെയ്യുന്നവരെ നിഷേധിക്കുകയാണ് അനുയായികൾ എന്നുള്ള നിഷേധിക്കുകയാണ് കാരണം ബുദ്ധനെ അർഹതനെ പോലെയുള്ള ഋഷിമാരെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല അവരെല്ലാം ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരാണ് കപലിനെയും കണാദിനേയും നിഷേധിക്കാൻ പറ്റത്തില്ല അവരെല്ലാം യശിമാരാണ് അതവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അതുകൊണ്ട് ഇവിടെ നിഷേധിക്കുന്ന എന്താണ് മിഥ്യാദർശനം മിഥ്യാദർശനത്തെ പിന്തുടരുന്നവരും നിർദ്ദേശിക്കും അസത്യദർശനങ്ങള് നിഷേധിക്കുന്നു എവിടെയാണോ സത്യദർശനം ഉള്ളത് അതിന് പിന്തുടരാൻ ആവശ്യപ്പെടുന്നുാത്തവസ്ഥനോ നിശ്ചിത you, of course, experiences. So you look at things like a friend, or something. I look at things like analyaiaiaiai.